ി എന്ന് പറയുമ്പോ അത് എന്നത് കദീമെന്ന് അർത്ഥമാണോ രണ്ട് മുസാബിയാണെന്നാണ് അടുപോയത് മഹക്കാർ സാനി റിയന്ത അഴു വർഷം പോയത് രണ്ടൊന്നാണ് മുസാബിയാണ് അടുത്തു പറ്റുന്നവരും തമിഴ് മൊസോസസ് മുത്തലക്കയാണ് അതിലീന്ന് വെച്ചാൽ തിരക്കാറില്ല അതിന് വെച്ചാലും തിരക്കാറില്ല മാടാ അവർകും അവരില്ല അതെ അതിമീയൻ സാധനം ആ വിജോദീയൻ ആ സാധനം അതിമീയ്യാനും വർത്തില്ല ബുദ്ധിജാരം വരത്തില്ല കായി അമ്പി കാണാം അമ്മാവിനെ പോലെ ദുരോദിയായ കായിരത്തി നമ്മാവ് ആ ഉടം എല്ലാം തെരക്കുള്ള ആണ് ി അല്ലാൻ കഥ കടീമിനാണ് അഹ് അഗളിയെ അപ്പൊ കടീം അഖത്തായി അപ്പൊ എല്ലാ കഥീമും അഗലിയാണെന്ന് പറയാ അഗളിയെ അല്ലായിക്കൊള്ളുന്നില്ല കഥീമായിക്കൊള്ളുന്നില്ല കാരണം കദീമെന്ന് പറഞ്ഞാൽ ഇത് ആ കഥീമുമാക്കാമവിനസ്സിനി വരാ അബരുടെ ഗുരുവദിനി കായിക വിനസ്സിഹി ആയി കാണും ഗുരുവതിന് അവരുണ്ടാകാനും പാടില്ല അത് അല്ലാത്തരങ്ങൾ മാത്രമേ നടക്കുന്നുണ്ട് ം കൊള്ളാം കൊള്ളാം അപ്പൊ അഗ്മിത്രാധിപത്യല്ലാധിപത്യ അഗ്മിയാ മുൻ വന്നു എവിടെ അള്ളാഹു താരൂരിയൻ കാഴുംബിനെ അല്ലാത്തു വന്നു അത്തിൽ അടിയത്തി അല്ലെങ്കിൽ അലിയായ രാത്തിൽ നിൽക്കുന്ന മുജൂരിപ്പം ആര്യാധിപത്യം വന്നു ഭാര്യാധിപതി രാത്രി നിൽക്കുന്ന രൂപിയല്ലേ അല്ലെ അത് കതാളിക്ക ആദാമല്ല അഗ്രേറ്റാ ഹാരിന്റെ അടമതാണ് ഹാരിന്താൻ അനുമുണ്ടല്ലേ അതും കടാളിക്ക അപ്പൊ അമ്മ രാത്രി ആദാമല്ല അതിലേക്ക് കടാലിക്ക അതിലീനം അതിന് വരെയാ എന്തുകൊണ്ട് അത് അടിമീന്മാരി കായിക അഡ്മീന അല്ലാത്തതുകൊണ്ട് കായിക ഒക്കെ അല്ല പിന്നെ പറ്റി കഴുക്കാവിടെ പറയാ കഥീമത്താന്നും പറയാ രണ്ടു ദിവസം നോക്കുന്നുണ്ട് ഇത് ലൌലഞ്ചക്കും കഥീമൻ എന്നുള്ള എന്താണ് ഇടന്ന് വേണം എന്നുള്ള ദരിയ കൊണ്ടെ നോക്കും കണ്ടു ദരിയ കൊണ്ടല്ല എങ്ങനെയാ ശരത്തിനായ മതി എന്റെ മുഖം കൊണ്ടാണ് ലൗലഞ്ചക്കും കഥീമൻ എന്ന മുഖം ലത്താനും അസുറമൊക്കെ തക്കെ ചെയ്യുന്നു കഥയും എന്നെ തക്സീല ദലീൽ ബാക്കി ആഹി വരുമ്പോള് പച്ചടിക്കു തിരി എന്ന് പറയുകയാണെങ്കിൽ തക്കത്തമ്മ കൊല്ലും മിന്നുമാണൊക്കെ നിങ്ങൾ ഉണ്ടാക്കി ആവശ്യമെന്നല്ലോ അപ്പൊ നാഴിയത്തിന്റെ മരം വാഹിഹത്തുന്നേ അർത്ഥമുള്ളൂ സഹിതത്തിൻ്റെ അഹ് വേഗം തിരിയുന്നേ അർത്ഥമുള്ളൂ നല്ലാണ്ട് വലയിച്ചാണ് എന്നതാക്കിട്ടില്ല ബൈല അങ്ങനെ മുറാദ് ആയി പോയെങ്കിൽ ഫറായഹതാദി ദരീരി അലൈഹ അതിനെ വെടിച്ച് ദരീരി കൊണ്ടെടാചില്ലേ എന്തോരപ്പം മഹല്ലവ ആകാമഹോ മുദ്ര ദരീരി പറഞ്ഞിട്ടുണ്ട്ണ്ടാരം ഇ കൗരീ മുദ്ര വാറു കൊണ്ട് ഇ അന്ന യൽജമ അലൈഹി ന തഖദ്ദമു കുല്ലു മിൻ മാറാതാഹിയതഹറഹു അന്ന ഇ ദരീരി ഓടുണ്ട് നമ്മളിയാണോ ദരീരി കൊണ്ടാലോ അതു വൻ മത കൻതവന്ന വത കതൽ സല വാതിലൻ മഹാലൻ ഇനെ നികളി ഹായ് ബയാനിഷ്നാലതി ുംവാദിമി മനസോബന് അല്ലെ ഉടൻ തലാദിമുറ അല്ലെങ്കിൽ രണ്ടല്ലാബിനു മുൻ അമരത്തില്ലോ അമരസാണ് സെൽമിയായ അഞ്ച് സിഫാസ അതിലൊന്ന് ഇതമ്പ് പറഞ്ഞത് രണ്ടാമത്തേതാണ് അൽബക്കാവ് ബക്കാ എന്നാണ് പറയേണ്ടത് പക്ഷാടമപ്പറമ്പ് അൽ ബക്ക എന്ന് മദ്ദ കളഞ്ഞാൽ തറൂറ തറൂരത്തിന് വേണ്ടി എല്ലാം അൽബക്കാവു എന്ന് വേക്കൂല ബഹുവ ബക്കാവ് എന്ന് പറഞ്ഞാൽ അവസാന ഭാഗം സെൽഫി അക്ഷം فهو سادرنات في الامسان التى اتترنتر اللي اتترنتر انت سلميه لانه ووجود انت ميل باغتترى ادم اللان وره لانه كده من الدار بلا مولنه باغتتر ادم اللان وره لانه بقاء من الدار ووجود انت عند الترففى اي نفيه ها سلميه معنیان نفيه اي نمرا اي أنه تعالى لا آخرى لوجوده تعالى الله سبحانه وتعالى മായ ഒരു അവസാനമില്ല എന്നർത്ഥം അവ ഇല്ല എന്ന് പറയുമ്പോൾ എത്തിയ അല്ല അപ്പൊ അതിന് തെളിവാ പറയുന്നു സുമോഹത്തായ ഒരു സാധനം ഇസഹാര അതമോ ഇനി ഭാവി അതമോ സ്ഥിതിയിലാണ് ഭാവിയിൽ അധമുണ്ടായിക്കഴിഞ്ഞാൽ ആഹ് ഒന്നുവല്ല അപ്പോ ഇതിന് തെളിവായിക്കൊണ്ടുവരുന്നത് കിതമിന്റെ നിലയിൽ തന്നെയാണ് പോകുന്നത് ഇതമ്മൂത്തായി കഴിഞ്ഞാൽ പിന്നെന്തില്ല അതുമുണ്ടാവൂലെന്ന് മനസ്സിലാക്കോളാം അങ്ങന അതും മുസ്തഹീൽ അല്ലാത്ത പക്ഷം ലജാസാലോ അതുമു ജായിസെന്നോന്നിക്കും മുസ്തഹീൽ അല്ലെങ്കിൽ പിന്നെ ജായിസാവണ്ടേല മുറജിഹിൻ അപ്പോൾ ഇല്ലായ്മ സൃഷ്ടിക്കുന്ന മുറജിഹിനെയൊക്കെ ആവശ്യമായിട്ട് വരും മൃഗീനേക്കാവശ്യമായാലോ അപ്പോഴൊക്കെ ഒന്നും ഹാദി തൻ ഹാദി തകറ്റി മാറും കദീം വായിക്കില്ല അപ്പൊ കദീം മാറാനുള്ള സിഫത് എന്താ ദലീൽ എന്താണോ അത് തന്നെയാണ് ബക്കായിനുള്ള തെളിവായി നിങ്ങൾ വന്നത് ഒന്നെങ്കിൽ കിതമ് തന്നെ അല്ലെങ്കിൽ കിതമിന്റെ ദലീല് ദലീല് കൊണ്ട് കിതമൂത്താക്കി ആ കിതമാണ് ബക്കായി തേടുന്നത് ഇപ്പൊ വന്നത് അല്ലെങ്കിൽ കിതമിന് എന്താണോ തെളിവ് പറഞ്ഞാൽ അതേ തെളിമുടി മുറുക്കാന്ന് വരും രണ്ടുമൊന്നുതന്നെ ും ദാല് തന്നെയാണല്ലോ ഈ ബക്കായി ദാലിലായിട്ട് കിലമുണ്ടാകുന്നു അപ്പൊ കിലമ് സുബൂസ് ആക്കാൻ വേണ്ടി വേറെ ദരീലം ഉണ്ടാകുന്നാലറിയോ ഈ സാധനത്തിന്റെ ദാലിന്റെ ദാല് അല്ല ദാലിന്റെ ദാലിലായി കഴിഞ്ഞാല് എന്തു പറയാ ബക്കായ എന്താ തെളിവ് ഒന്നിക്കിൽ കിലമു അല്ലെങ്കിൽ കിലവിന്റെ ദരീരം എന്താണോ അതും കൂട്ടി കൊടുക്കാനോ മകന്റെ മകനും മകനെന്ന് പറഞ്ഞ വഴി ആയി ഇങ്ങനെ വിളിച്ചു നോക്ക് എല്ലാ ബക്കാർ ബക്കാളിന്റെ തെളിബന്ധം കിതമ്മ കിതമ്പ് സുബൂത്തായ ബക്കാർ സുബൂത്തായി എന്നാ പറഞ്ഞുതന്നത് അല്ലെ കിദംബിന് എന്താ ആദിത്താബൂരാന്ന് മറിച്ചു ബ്രിട്ടല്ലേ അപ്പോൾ ഇതിനുള്ള തെളിബന്ധ കിദംബ് സുബൂത്താക്കലി കിദംബ് സുബൂത്താനുള്ള തെളിബന്ധാന്ന് സുരൂസിനെ പോക്കലി അല്ലേ അപ്പോൾ ബക്കാളി രണ്ട് തെളിവ് കൊടുക്കാം അല്ലെങ്കിൽ ഈ കിടമ്പ് തന്നെ നേരെ തെളിവായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കിരമിന്റെ വെരിയിലായ അതൂസില്ലായ്മയെ തെളിവായിട്ട് കൊടുക്കാം കഴിപ്പ എത്തരത്തിലാണ് പിന്നെ കതിയും ആവാതിരിക്കുക വക്കത് സമ്പത്ത് കിരമുഹം മുമ്പ് പറഞ്ഞ വെരിയിൽ കൊണ്ട് കിലമ് സുപൂത്തനമാക്കിയിട്ടുണ്ട് അതല്ലേ എന്നൊക്കെ വഹദൻ ബിൽ ആഖിരിയത്തി ശറഹു അതെ മാചോദരി കൊട്ടുന്നു പിറ്റൽ യൽഖാഉ അയൻ ഇതെ മറ്റൊന്ന് പറ യഹുവ അദുമൽ ആഖിരിയത്തി ശറഹു സൽബിന്റെ മായനിയും അദിന്റെ മായനിയും നഫീന്റെ മായനിയും ഒന്നാണ് കൊണ്ടുകൊണ്ടിട്ടുണ്ട് അപ്പോൾ സൽദുൽ ആഖിരിയ എന്ന് വന്നത് බලരണ്ടു കൊക്ക അദുമൽ ആഖിരിയ എന്ന് പറയാ നഫീൽ ആഖിരിയ എന്ന് പറയാ മു പറഞ്ഞൊന്നുമില്ല المراعا إذي السلب والنفي والأدم إمان مبارك إنه وانتن ده فإبارة مؤجم لهم يقول لك يقول لك لو أعو أدم اختتام الوجود وجود إني والاختتام والسمادن إلا ماذا لم تنقلني؟ ها إن قلت هذا واجب الوجود ورناتن بقارن ده وانتن ده അപ്പൊ പണ്ട് കിതമിൻ്റെ അടം ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതേമാതിരി വാജിബുൽ പുതുവതായ പിന്നെ കിതമുണ്ടെന്ന് വന്നല്ലോന്ന് അതിനാൽ ആദ്യമായി അത് ഇൽത്ത്സാമിയ ദലാലത്താണ് അതുകൊണ്ട് കിട്ടിയത് ഇൽത്ത്സാമിയ ദലാലത്തിലേക്ക് എല്ലാവരും മനസ്സും ചാടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അതൊന്നും കൂടി വ്യക്തമായതായ ഒന്നുകൂടെ വിട്ടുപോയതാണ് ആ അതെന്ത്വിടെയും പറയുന്നു ൽ ഗുരുന്ന് വന്നാൽ ജോഹിനി അത് നമ്മളെ അനിയാക്കും അനിൽ കിതമിബൽ ബക്കായി കിതമും പറയേണ്ടതില്ല ബക്കാവും പറയേണ്ടതില്ല മുക്കാലോദിന്റെ ഇതൊന്നും പറയേണ്ടതില്ല കാരണം അതിൽ തന്നെ എല്ലാം പറഞ്ഞു അബാരി സിന്ധിബുൽ ഗുരു ഇല്ലല്ലോ അതുകൊണ്ട് അവിടെ തന്നെ മുക്കാലപുത്ത് അതുപോലെ മുജൂബുൽ മുജു പിന്നെ കിതമും ബക്കാവും ലാസിയുമായിട്ടുണ്ടാവും ഇതൊക്കെ ഇത്തിസാമിയായ ഗലാലത്തേ ഉണ്ടാവുന്നു കുജീബ അതിന് മറുപടി എന്ന വിഷയമായപ്പോൾ ഒരു വ്യക്തിയുടെ വക്കൽ നിന്ന് തേടപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം തൗഹീലായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകാനുള്ള തെളിവാണ് ഇത് കാരണം ബിഹി എഞ്ചോമിൻ ദാറിൽ ബവാരി നരകത്തിനകത്തോട്ട് രക്ഷപ്പെടൽ അത് മുതനോ അഥവാണല്ലോ മറ്റമലൊക്കെ സഹിയാകണമെങ്കിലും തവണയിൽ അടിസ്ഥാനം വരണ്ടേ അങ്ങനായപ്പോൾ കലാം ഉലമാ ഉൽ കലാം ഉണ്ട് ലീമുൽ കലാമിന്റെ ഉലമക്കന്മാർ അൽ മക്കാമ ഈ മക്കാമിനെ വ്യക്തമായിട്ട് തീർച്ച വെളിവാക്കി പറയൽ ഓറെ പതിവാ അപ്പൊ ചിലത് തിരിഞ്ഞോളണം എന്നിട്ട് ഒഴിവാക്കൂല പറഞ്ഞതിന്റെ മീണ്ടും പറഞ്ഞോണ്ട് പോകും ി ദിവസാമിയായ ദലാരത്തിൽ കൂടിയാണ് ഇവിടെ നന്ദി കിടമുണ്ടെന്നും ബക്കാണ്ടെന്നും മുഹാദപതെന്ന് കിട്ടിയത് വൃത്തിയൊക്കെ മറ്റുള്ള ആളെ മനസ്സത്തൂല അത് പണ്ട് വന്നല്ലോ അതെന്നില്ല പറഞ്ഞത് എന്തിനാ കടിമേ ബക്കാണ്ടി بقاء اندى اندى تعليل عن الله وبره لأنه لا سروع في تكرير الدليل على البقاء بقاء اندى مالي دليل نمبرر سأستعبتك أننا لن تركاو بك لأنه وهار الدليل اي دليل عن الله يذنى بقاء اندى إما, إما القدم نفسه ونجي القدم دليعك القدم دائع بقاء اندى ونربر അപ്പൊ കിതമെന്നുള്ളതിനെതിരെയാണല്ലോ അതിന് വേറെ ദരീലവും ഉണ്ടാകിട്ടുണ്ട് അതോതിന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ദരിയുണ്ടല്ലോ ആ ദരീലവും അല്ലെങ്കിൽ കിതമിന്റെ കൊണ്ടുപോകുന്ന ദരീലു ആക്കാം അല്ലെങ്കിൽ അത് എപ്പോ പഞ്ചനം തന്നെയാണ് ആ എന്തുകൊണ്ട് അൻതക്കൂല നിങ്ങൾക്ക് പറയാം ലവ് ജാസ അലൈഹി തുറബുൽ അദമി ഷർദിയായ കളി കണ്ടിരുന്നു ലവ് ജഹാസ അലൈഹി തുറുബുൽ അദമി എന്നത് ഷർത്തിയായ കവിന്റെ മുഖർദമാണത് லஸ்தஹால আলাইஹி அல் கிதமு என்னள்ளது அந்த தாலியன் கண்டா அதம் ஒரு காலத்து புதிതായി உண்டாம என்பது ஜாயிஸாவுகா ஆனെങ്കിൽ அதனால பகாது நஷ்டப்படும் பாவி ஏதேனும் அவசரத்தின் அனி அதம் ஜாயிஸாகா என்று வந்தால் கிதமு இவ்வளவு கூடுதது அதமும் கிதமும் கூட சரி மிச்சூடே ஈடானே இருக்கு புள்ள சம்பளியா லஸ்தஹால আলাইஹி அல் கிதமு கிதமு முஸ்தஹீலா யமாது அதானே தாலி കിതമ മുസ്തഹീലാകാൻ പാടില്ല എന്ന് നമ്മളിപ്പോ തെളിവാക്കിയിട്ടുണ്ട് അല്ലെ അപ്പോ തായി പോയി തായി പോയപ്പോൾ മുക്കന്തമ്മ പോയില്ല ആ മുതമ മുസ്തഹീലാകാനുള്ള തെളിവാ പറയുന്നു അതമു അതമ ജായിസായി കഴിഞ്ഞാൽ ഇസ്തഹാല കിതമോ കിതമ മുസ്തഹയിലാവൻ എന്നത് ഒരുമിച്ച് കൂടുവില്ല ഇരുട്ടുണ്ടായാൽ ഉളിച്ചമില്ല ഉളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ മതി ഇതാണ് ഒരു ദലീ അല്ലെങ്കിൽ ആ തക്കൂര അല്ലെങ്കിൽ എനിക്ക് പറയാം ലൌലം കിലമിനെ തന്നെ പിടിച്ചുകൊണ്ട് ദലീലാക്കിയതായിപ്പം കിടമിനെ തന്നെ പിടിച്ചിട്ട് നമ്മുടെ ദലീൽ കൊണ്ടുപോകുന്നു അതമി എന്ന് പറഞ്ഞാല് ഇലമുസായി പോകും ഇലമു നമുക്ക് ഉണ്ടാവണം ഇലമിനിയാണ് لَوْ لَمْ يَتَّصِبِ بِوُّوْدِ الْوَقَائِي بقاء واجباغا تبتشم عدلئ لما تبعك لن لجاز عليه الْعَدَمُ بَعْدِهِ الْجَائِزَاغُ مِنَّ وَلُوْا الْلُوْرِ هل هي هذا شرطية رضي الله أولئك وقتب عند شرطية لَوْ لَمْ يَتَّصِبِ بِوْجُوْدِ الْبَقَائِي أَنَّدُهِ شرطية وَالنَّامَتَةَ الشرطية رضي الله مقدم لجاز عليه ഇതാണ് നമ്മുടെ കവിയന്റെ സുഹറ ഷർത്തിയായ കവിയും അതിന്റെ ജവാബും കൂടെ കൂടി സുഹറ ശരി കുബ്രൂസിൽ അതമു അതമു ജാസാവുകയാണെങ്കിൽ ലതാനിതൻ ഹാദിതാവുമായിരുന്നു രണ്ടാമത് കുബ്രണ്ട ഒരു ക്യാസ് ഉണ്ടാക്കുമ്പോ ഒന്നാമത്തെ ജംലക്കാണെന്ന് പറയുന്നത് സുഹുറാന്നും രണ്ടാമത്തെ ജുലക്കോ കുബറാന്നും പേര് ഇത് ഓരോന്ന് രണ്ട് കഥയും ഉണ്ടാകാം അപ്പൊ കഥയും ആരം ൻ ഹാദിതാവുമായിരുന്നു ഹാരിസായി കഴിഞ്ഞാൽ പിന്നെന്താകും ഇല്ലായ്മ ഒന്നും ഉണ്ടാവും മുറജിനെയൊക്കെ ആവശ്യമായി അപ്പൊ റോദസലത്തിലോ ആദിമാറ്റി വരും പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇര ആഹനി പറഞ്ഞൂത്തിന്റെ മറു അപ്പൊ ഇതെതിരേക്കാ പോയത് അപ്പൊ ിദമൂത്താക്കാൻ കൊണ്ടുവന്ന തലിയിലൊക്കെ ഇവിടെ എടുത്തു വെക്കുക അപ്പൊ രണ്ട് കഥ ഉണ്ടാക്കണമെന്നു വരുന്നു അല്ലെങ്കിൽ മറ്റേ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പൂത്തായെ ഇവിടെ നിലയിലാക്കിയാലും മതിയായിരുന്നു രണ്ട് സംഗതി തന്നെ അത് അടുത്തു മൂന്നാമത്തേത്യാപ്തനവലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ബിന ആ ബാല വേന എന്താന്ന് എല്ലാവർക്കും അറുപത് നോക്കും കൊണ്ട് വിൽക്കരുത് അപ്പൊ നഫ്സാന്ന് പോലെ നിൽക്കുന്നത് അങ്ങനെയാണോ അർത്ഥം ബാല വേന എന്താ പറയാമം ബിന്നസിന്റെ വേന എന്താന്ന് അത് രണ്ട് സെൽബ് വേണം എന്നാലേ പൂർത്തിയാകും എന്താ രണ്ട് സെൽബ് ഒന്ന് അരന്ന് പോലെയാകാൻ പാടില്ല അറളയുടെ മോജൂദാണ് പക്ഷെ അർദൻ എന്തില്ല സ്വയം നിലനിൽപ്പില്ല അത് മറ്റൊതിന്റെ അത് മഹറോദായ ഒരു നാത്തിനോട് താപ്യായിക്കൊണ്ട് അറുതിന്റെ ഉചിതുള്ളൂ അപ്പൊ അങ്ങനെയുള്ള അരളണ്ടാകാൻ പാടില്ല എന്നതാണ് അരളാകാൻ പാടില്ല എന്നതാണ് ക്ഷമ ബിസിനസിന്റെ ഒരു പോക്ക് മറ്റൊന്നോ മറ്റൊന്നിന്റെ സഹായത്തോടുകൂടി മറ്റൊരുത്തൻ ഉണ്ടാക്കി വേണ്ടതെല്ലാം കൊടുത്തിട്ട് പല സഹായത്തോടുകൂടി ഉത്തര അതുണ്ടാകാൻ പാടില്ല അപ്പൊ മഹല്ല ഉണ്ടാവില്ലേക്കും മുഖസിസ് ഉണ്ടാവില്ലേക്കും മുഖസിസ് ഏതാ ില്ലായ്മ എന്നിട്ട് ഇവന ഏത് രീതിയിലാക്കണമെന്ന് മറ്റു ഇറാദത്തിനോട് താപരിച്ചുണ്ടാവുക അവൻ കൊടുക്കണ്ടതെല്ലാം കൊടുക്കുക അപ്പം പിന്നെ മഹ്ലൂക്കായി മാറി മുഹസിസ് മഹ്ലൂക്ക് ഹാലിക്ക് വന്നു തന്നെ ഹാലിക്ക് ചെയ്യുന്ന പണിയിലെ ഒരു ഇനമാണ് മുഹസിസു എന്നുള്ള പണി പണിക്ക് ഗുരുതണമോ അടുവ് വേണമോ എന്ന് തസ്തീസാക്കി അപ്പം തന്നെ ഇവൻ ആണാക്കണമോ വണ്ണാക്കണമോ മുൻസയാക്കണമോ തസ്തീസാക്കി അപ്പോൾ തന്നെ ഏത് ജമാനിലാക്കണം ഏത് മകാനിലായിരിക്കണം എന്ന് തക്സീസാക്കി എത്ര അളവിലുണ്ടാക്കണമെന്ന് തക്സീസാക്കി എന്തെല്ലാം സിഫാറ്റ് കൊടുക്കണമെന്ന് തക്സീസാക്കി അപ്പൊ എല്ലാ തഫീസിലേക്കും മറ്റൊന്നിലേക്ക് ആവശ്യമായി വരുന്നുണ്ട് അപ്പൊ കിയാമോ മിന്നില്ല അറബ് പോലെയായിപ്പോയെങ്കിലോ ഈ നാത്തിനോട് റാബിയായിക്കൊണ്ടേ പുതിയതുണ്ടാവുള്ളൂ അപ്പോൾ ടാ അപ്പൊ രണ്ട് സെൽബ് വേണം മഹലിലേക്കുള്ള ഇഷ്ടിക്കാരനെ സെൽബ് ചെയ്യുന്നു അപ്പൊ അറബ് പോലെയല്ല അറവിനും ഇവിടെ ഉചൂതുണ്ട് അറുവിന്റെ ഉജൂത് മഹോലായ ദാത്തിന്യം ഉജൂതുണ്ടെങ്കിലേ ഉള്ളൂ ചായക്ക് ചൂട് ചായയാകുന്ന ദാത്തുള്ള കാലത്തെ അതിന്റെ ചൂടുണ്ടാവുള്ളൂ ഇവിടെ മഹലുദേശം മറ്റൊന്നും കേറിപ്പറ്റാനുള്ള ഒരു സ്ഥാനം അപ്പൊ അരളല്ല അപ്പൊ ഗോളി സ്ലോക് എന്ന് പറഞ്ഞത് പോയി ഒരു സ്നേഹം എന്നതാണ് പറയുമ്പോ സ്നേഹം അതാത്രമില്ലല്ല പിന്നിൽ ശക്തി ഉണ്ട് അപ്പൊ അറുപയിലാവുന്നുള്ളൂ ശക്തിയല്ല ശക്തനുണ്ടെന്ന് അവരുണ്ട് നക്കൂലല്ല അപ്പൊ ശക്തിയല്ല ശക്തി ധനം قدرت الله قدرت الله متصفية وده قادرة وده لولده هذا هو ده عطاق مخصيص نور داله فائده ابدأ اندن مده نفي وانا وقا اما انه تانا لا يفتكر الى محل ويرو محل لك مفتكر الانا ورده هنگه نعيب او ينجل على اي مارون اعر الله يجمع نعيب بوغم ليه എങ്ങനത്തെ മഹല് ആ മഹലിൽ അവനിക്ക് നിക്കണം അങ്ങനത്തെ ഒരു മഹലിലേക്ക് മോസോഫിഹ അതിന്റെ മക്കളത്തിലൊക്കെ സിഫത്ത് അതിന്റെ മോസോഫിൽ നിൽക്കുന്ന കോലത്തിലൂടെ നിക്കലും ഒരു സിഫത്ത് ഉണ്ട് ആ സിഫത്തിൽ ഒരു മൗസോഫും ഉണ്ട് ഈ സിഫത്ത് മോസോഫിൽ നിൽക്കുന്നാലോലത്ത് നൃത്തം വേണം ഇവന് ഒരു മഹൽ കയറി നിക്കണം മഹൽ ഇല്ലാനമികദരദിൽ ഫില്ലാ എന്നടാണോ അത് అలా നമ്മ ആദം പറഞ്ഞ മോഹൽ മഹൽ ഇല്ലാ ഫലിഅന്നഹു അത് കാരണം ലബിസ്തഖറ ഇലാ ദാലിക മഹല്ലിലേക്ക ആവശ്യമായി വരികയാണെങ്കിൽ അതാണ് ഏത് ശർത്വിയായ ഖനീന്റെ മുഖദ്ദമ അതെ നമ്മളീലുള്ള ആയിടെ താലിയടാ ലകാന സഫതൽ ലാബാത് സഫതൈ ജമാറും ലാതാഗ ബതുല ദാതു ദാതിൽ ദർകൂല ഒരു താക്കും മറ്റേതാക്കും കൂല അട്ടിക്ക് വെച്ചാൽ കൂലാന്ന അതിനേക്കല്ല ഇതിന്റെ ഒരു മറ്റേത് ആധാരമായി വരിക ഈ രണ്ട് കാലത്തൊക്കെ ദഹി കെട്ടിന്റെ മേലിനാത്ത് ഇത് ദാത്ത് ഇതല്ലല്ലോ ഇതിനെ നമ്മളൊന്നുകൊണ്ടല്ലോ ഇത് ഉരുട്ടി അട്ടിക്ക് വക്കലിനെ പറ്റിയല്ല ചും ദാത്താകൂലാന്നുള്ള ഈ തെളിവ് താവൂല്ല എന്ന് വരണ്ടേ അതിന് അവൻ്റെ ഇതിൽ ദാത്തു ലാ താത്തു ദാത്തി ഒരു ദാത്ത മറ്റൊരു ദാത്ത മുഖേന നിൽക്കുന്നതല്ല ഓരോ ദാത്തും അതിൻ്റെതായ സ്വയം വ്യക്തിത്വത്തോടു കൂടി നിലനിൽക്കിയത് അതിലേക്ക് ആവശ്യമുണ്ട് ഇപ്പൊ അത് അതും മർദ്ദത്തില്ല എങ്കിലും അപ്പിനെന്താ ഇതിനാണ് ഇശത്തിനായ കളിയാന്ന് അതിന് പേര് പറയില്ല ആ ദിവസം ജവാബ് കൊണ്ടുവരാം അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെന്താക്കിട്ടിട്ട് എടുത്തു അറിയാം നോക്ക് മുക്കദ്യായ ജുംനയുടെ മുഖദ്ദമിഫൻ ലാ ദാത്തൻ എന്നത് അതിന്റെ താഴി അല്ലെ അപ്പൊ സിഫത്തെ ആയി മാറിക്കളിയും അപ്പൊ ഇതിൽ നിന്ന് എന്താക്കണം സിഫത്താകൽ മൊഹാലാണെന്ന് ഇനി ഉൾക്കൊണ്ടുവരും സിഫത്താകൽ മൊഹാലായി കഴിഞ്ഞാ പിന്നെ താത്താണ്ടിന് അതുമൊന്നെങ്കിൽ വരൂത്താകൽ അത് മഹാലാകൽ മഹാലായാ പിന്നെന്താകണം ഒന്നെങ്കിൽ ആത്താകണം സിഫത്തൻ സിഫത്താബുകയാണെങ്കിൽ സിഫത്താഗൽ മൊഹാലാളി പറഞ്ഞു സിഫത്തായിരുന്നുവെങ്കിൽ പറയുന്നത് പറഞ്ഞാൽ സിഫാത്തുൽ മുജൂദിയത്താണല്ലോ ഇൽമ വേണ്ടത് ഇസ്ലാഹപ്രകാരം പോവുകയാണെങ്കിൽ ആ സിഫാത്ത് സുമോത്തി അല്ല വരേണ്ടത് മുജോദിയാണ് പിന്നെ പ്രസിഭാത്തിൽ തസമൂഹം നോക്കണം നമ്മ പണ്ട് സിഫാത്തിനെ സെൽബി ആയ പുതിർത്തി യഥാതാക്ക തുടങ്ങിയത് എന്താ മുസഹി കാരണം ഇരു സിഫിലാ തന്നെ സിഫൻ ഒരു സിഫത്ത് അതിൽ നിരക്കുന്ന ഒരു സിഫത്തിനെ തന്നെ കമ്പൂൽ ചെയ്ത് എന്തും ചെയ്യേണ്ട ആയിരക്കണക്കിന് സിഫത്തിനെ കമ്പൂൽ ചെയ്യാൻ ഒരറിവല്ലേ അല്ലെ അറക്കത്തിന് നിങ്ങൾ അറക്കത്തും ശരീരത്വനുകൊടുക്കുന്നില്ല ശരീരത്ത് ശിദ്ധത്ത് എന്നുള്ളത് ശിവത്തല്ല അപ്പൊ അറക്കത്തും ശരീരത്തിന്ന് പറയാൻ പാടില്ലല്ല അത് ശരിക്കും ശിഫത്തല്ലാവിലും ശരീരം എന്നുള്ള അരക്കത്തിനുള്ള ഒരു ഇത് പറയാന്നല്ലാണ്ട് അത് നൈബതീഷ്കരാക്കിണ്ടെങ്കിലും പറ്റി സിഫത്തിൽ സിഫത്ത് കുരാണ് ഒരു സിഫത്തിന്റെ ഓരോ മറ്റൊരു സിഫത്ത് കൊണ്ട് കൊടുക്ക അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ അരക്കത്തുൻ ശരീരത്തു എന്തവരുണ്ട് സുക്കൂനും ഹാദിയും വളരെ വളരെ അടക്കം അപ്പൊ സുക്കൂൻ എന്നുള്ളത് ഒരു സിഫത്താണ് ആ സിഫത്തിനന്താ ഹാദി ഉൻ വളരെ അടക്കമുള്ള അടക്കം ഷേരുൻ എന്നുള്ളത് അറബാം ഷേരൂൺ കബിയും ഹസൻ എന്നൊക്കെ പറയുന്നില്ലേ അതൊന്നൊരു മുലൂതിയായ സിഫാ തായി അണക്കൂട്ടുന്നില്ല എന്നാൽ അവർ കൽക്കീറോ പറഞ്ഞുണ്ടാക്കുന്നേ അതിന അതിനാ ഒരു നവിയായ ഉസ്ഫർ എന്നുള്ളൂ എങ്ങനെയുള്ള സിഫത്തിനെ തക്കോമും ഈ ഉഹറാ സിഫത്ത് ഉണ്ടല്ലോ ഈ ഉഹറാ സിഫത്ത് നിലനിൽക്കണം ബിഹാ ആദ്യത്തെ സിഫത്തോണ്ട് അങ്ങനെയുള്ള ഒരു പോലുണ്ടാവൂല ആ അതിന് ഇനി ഇതാണ് ഇവ അവിടത്തേക്ക് ഇനി ഇത് ഓരോ സിഫത്ത് കൊണ്ടിൽ മറ്റൊരു സിഫത്ത് നിലനിൽക്കൂലാന്ന് ഇപ്പൊ വരേണ്ടത് അപ്പൊ തക്കൂമീർത്തേക്ക് കൊടുക്കണം ഈ സിഫത്ത് നുഹറ ബിഹാനോ അമീറോ ആദ്യത്തെ സിഫത്തിലേക്ക് അപ്പൊ ഇത് സിഫത്തു ഇതൊരു സിബത്ത് അല്ലേ ലാ തക്കു അത് കബൂൽ ചെയ്യൂല ഇങ്ങനെ സിഫത്ത് ഈ ഒരു ദിബത്തിന് എങ്ങനത്തെ യുഹസിബത്ത് തക്കോമോ ഈ സിഫത്ത് നിൽക്കാൻ ബിഹാർ ഇവിടെ അങ്ങനെയുള്ള ദിവത്തിനെ വിജക്ട് ചെയ്ത് അടിയുന്നു ഇല്ല അങ്ങനെ നിൽക്കുമെങ്കിൽ ലാ തക്കുബലോലിൽ ഇല്ലട്ട് ഉണ്ടെന്നു കണ്ടാൽ കബൂൽ ചെയ്യുകയാണെങ്കിൽ എന്നല്ലേ അപ്പൊ വഹില്ല എന്നുള്ളത് വരാൻ പോകുന്ന ഷർത്തിയായ കഥയൻ്റെ മുഖന്ദ് അതിൻ്റെ ഉള്ളിലുണ്ട് വഹില്ലയിൽ ഇവിടെ ശരിക്കും കാരണം ശാലി കുതി വെക്കാൻ കഴിഞ്ഞില്ല നമ്മൾ തന്നെ തലോർക്കേണ്ടി വരും വഹില്ല എന്ന് പറഞ്ഞാൽ അല്ലേ അങ്ങനെ വരുമ്പോൾ ലജിമ ലാസി മാറ്റി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ താലി അത് എന്നാൽ ഒപ്പം തന്നെ വരണം അല്ലാ തഹ്ലുവൻ മോ നിരാണ് ലാസിമിച്ച് വരിക വൈല്ല കബൂൽ ചെയ്യുമെങ്കിൽ ലാസിമ ലാസിമാകുന്നത് അല്ലാ തഹ്ലുവഹലു തഹ്ലുവാടി ആവൂല التيوندلا الا تخلوا وعبد النسبا ما كان يدعو يرمين لخالا يخذ يدعو يريد ما كان لا تخلوا تاخذوا ابنا تسولوا ليواكم الا تخلوا دن دعوا من دونه ان الله هو البردد ابا الا تخلوا ഈ സിബത്ത് ഉണ്ടല്ലോ കബൂൽ ചെയ്യാൻ നിൽക്കുന്ന സിബത്ത് അത് ഹാലിയാവാതിരിക്കൽ അൻഹാ എന്തിനെ തൊട്ട് ഈ കബൂൽ ചെയ്യാൻ ഒരു സിബത്ത് അതായത് ഒരു കുതിരത്ത് നിന്ന് മാത്രം കേൾക്കാം ഈ കുതിരത്ത് മറ്റൊരു കുതിരത്ത് മറ്റൊരു ഒരു സിബത്ത് ഈ സിബത്ത് വേറൊരു സിബത്തിനെ കബൂൽ ചെയ്യും എന്ന് വെക്കുകയാണെങ്കിൽ ഒന്ന് വേണം ഒന്നിക്കിൽ ഇത് എന്തിനെ തൊട്ട് വെച്ചു അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഒരു സിബത്തിനെ കബൂൽ ചെയ്യൂ ഒന്നിക്കിൽ ഇതിനെത്തന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഒന്ന് ഇത് അല്ലെങ്കിൽ ഇരുവിദ് മൂന്നു ഇറ്റു മനാണ് ഉണ്ടാകുക ഒന്നിക്കിൽ ഇതിനെത്തന്നെ അല്ലെങ്കിൽ ഇത് പോലാത്ത വേറെ മിസിൽ അല്ലെങ്കിൽ മിഥിലല്ലാത്ത വിദ് മൂന്നല്ലേ ഈ മൂന്ന് രാജ്യമിനാൽ ഉണ്ടായിട്ട് ലാതി പറയാ അന്നേരം ഇതും ഇതും വേറൊരു സിബത്തല്ലേ ഈ സിബത്ത് വേറെ സിഫത്തിനെ കബൂൽ ചെയ്യും കബൂൽ ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ഈ കബൂൽ ചെയ്യാൻ ഒരുങ്കിൽ ആ മക്കുപോലത്തായ സിബദ്ധത ഒന്നിക്കില്ല അത് തന്നെ അല്ലെങ്കിൽ ഇതിന് തുല്യമായ വേറൊന്ന് അല്ലെങ്കിൽ അത് ഇത് ഈ മൂന്നിൽപ്പെട്ട ഓരോന്നും എന്താക്കും അതൊരു സിഫത്താണല്ലോ അത് വേറൊന്നിനെ കബൂൽ ചെയ്യും അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കി കേട്ടെ പതിനായിരക്കണക്കിന് സിഫാട്ടുകൾ കബൂൽ ചെയ്യുന്ന ദിക്കത്തിലാണ് ഇതെല്ലാം വേറൊണ്ടാരന്ന് യാഴത്തേ ധാവന ഈനെന്നാണെങ്കിലോ സ്വയം നിലനിൽപ്പില്ലാത്ത സാധനാഴ്ച അരളായ വല്ലോ എന്തായിരുന്നു ഇതെല്ലാം ഇങ്ങനെ വെച്ചുവിട്ടീന ഉള്ളുണ്ടാ ഇല്ലുഹറന്നാണേ മറ്റേ ഉക്രൈൻ ഇതാണ് ആകത്തെ സിബത്ത് ഇതാണ് സിബത്ത് ലുക്കറ ഉറേ മാതിരി ഉണ്ടാവീ കാമിയ എങ്ങനെയാ ലുറയാണ് കാമത്ത് അത് വന്നിട്ടുണ്ട് ഇവിടെ ആ ഊഹാക്കറ അങ്ങോളം പറഞ്ഞുകൂടാ ി ഓരോ സിഫാത്തിനും മമ്മൂന്ന് കാരണം വാക്കതെന്ന് പറയുന്നത് ഇതിൽ കബൂലു ഈ കബൂൽ ചെയ്യൽ നിന്നത് അമ്രൻ നഫ്സിയും അതിന് നഫ്സിയായ ഒരു കാര്യമാണെന്നല്ല അതിൽ തൊട്ട് കബൂൽ ചെയ്യും എന്നുള്ളതാണെങ്കിൽ എന്തിനെ കൂട്ടാലും കബൂൽ ചെയ്യണം എന്ന് തരണം അതിൽ മുത്തമാ മുത്തമാസി ലൈനിതാണ് ആദ്യത്തെ ഒന്നാമത്തെ തവക്കയിൽ അതാ മുത്തമാസി ലൈനി ഇതൊരു സിബത്ത് ഇത് കബൂ ചെയ്യാൻ ഇവിടെ കയറി വരാൻ മറ്റൊരു സിബത്ത് ഇതാണ് മുത്തമാസി ലൈനി ഇതിന് ഈ പറയപ്പെട്ട മൂന്ന് ഹെസ്റ്റിമാലുണ്ടെങ്കിൽ ഇതിന്റെയും ഇതിന്റെയും ഇവിടെ വ്യത്യാസം ഇതേ മൂന്ന് ഹിസ്റ്റിമാൽ ഇവിടെ നിൽക്കണം അല്ലേ ഇതുകൊണ്ട് അപ്പുറം വരുമ്പോൾ മുത്തമാസാത്ത അത് മൊഹാലാദ് എന്തുകൊണ്ടാ മൊഹാരാജ് ലിമായ അതിനാ ലാജിമാവലെ മിസാ ബി സിഫത്തി ആദ്യ സിഫത്ത് ഉണ്ടല്ലോ ഈ സിഫത്ത് മൊത്ത സിഫ ലാജിമാകും എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത് ബി മിഥിലിഹ്ഹ് ഒന്നിക്കന്നെ മിഥില കൊണ്ട് അതായത് കുതിരത്തിന്റെ മേലെ കുതിരത്ത് കയറി നിന്നപ്പോ മിഥിലായി അല്ലെ കുതിരത്തിന്റെ മേലെ അതിത് കയറി നിന്നപ്പോ മിഥായി ബി ഖിലാഫിയെന്നു പറഞ്ഞാൽ കുതിരത്തിന്റെ മേലോ നിൽക്ക മറ്റൊന്ന് മൂന്ന് ഹുറ്റിമാല ഉണ്ടല്ലോ അപ്പൊയെ കൂടുതൽ മകനാലത്തെ ശിപ് നമ്മൾ ആ തായി ശിപാൻ വേണ്ടി കേറി വെക്കപ്പെട്ട ആ അതാണ് ഇൽമെടുത്തത് അത് ആരി ജാഹിർവാക കാ നമുക്ക് ആഡിമാക എന്ന് പറയുമ്പോ ഇൽമ ആഡിമാകാഹിരൻ ഇതേ മാറി അനാക്സ് അപ്പുറത്തെ കുറിച്ചോ ഇങ്ങനെ അപ്പഴുള്ള ആ ഇൽമുണ്ടല്ലോ കേറി നിന്ന ഇൽമുണ്ട് വന്നു ചേർന്നെ ആ ഇൽമിന്റെ മണ്ടല്ലേ മൂന്ന് സാധ്യത അപ്പൊ ആ ഇൽമൊന്നിക്കിൽ മിസിലി അപ്പോൾ അലിമാനും കബൂൽ ചെയ്തു ജഹീലിനെയും കബൂൽ ചെയ്തു അല്ലെങ്കിൽ ആ കുതത്തിനെയും കബൂൽ ചെയ്തു ഈ മൂന്നെണ്ണം മാത്രമല്ല കണക്കില്ലാണ്ട് വരുന്നുണ്ട് മിസിലും മിസിലായിട്ടെടുക്കട്ടെ അനിയാത് സിഫത്ത് അപ്പുറം കിടക്കുന്നുണ്ട് ഇറാഗത്ത് അപ്പുറം കിടക്കുന്നുണ്ട് ഇനിയോ ഹയാത്ത് കിടക്കുന്നുണ്ട് അമ്മ ഇത് ബാസിലായിട്ടാ മാത്രമല്ല ലാസിമാകുന്ന മറ്റൊന്ന് മിനിഫിസാഫിനുള്ള ഒരേ ഒരു സിഫത്ത് فرقنا فرمج kaz Lyakicahata permane ha a Taham wa a Tahu wa mu te content. فرمج agiving aKota means to serve us like Momo mus Australian food Afaa Na Mala Nihaya lkmaakakana Nihayta lagu fallah فخر عED sh מאוד tallang in God's wealth than the land of the美味 of allums témoins my days we will see that area of naj rush of allah. Mumbaya Arabiy quatre things Кanda으면因緩 de la idean that there is a mastery of allah. Allah equally alert him for allah in God'sQimin alabhi невditudes സെൽബിയാത്ത ഇതിൽ മുന്നസ്സരെല്ലാം തന്നെ കൊണ്ടുപോകുന്നുണ്ട് ആ ഏതോടൊപ്പം ഇനി മറ്റൊരു മെഹദൂർ രണ്ട് സിബത്തല്ലേ ഈ സിഫത്താണ് ഈ സിഫത്ത് മൂത്ത സിബഅന്ന് എന്നാ പിന്നാണ് നമുക്ക് ചോദിക്കുന്നത് അപ്പൊ ഇത് മോസോഫും ഇത് സിഫത്തും അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യാ ഇത് മോസോഫോ ഇത് സിബത്ത് അതിൽ അങ്ങോട്ടും പിടിച്ചൂടെ അല്ല ഇത് ഇതിനത്തെ നീ അപ്പൊ തർജീമിലാ മുറജീയാണ് രണ്ടിരുത്തിമാരും അങ് നിന്ന് അങ്ങോട്ട് വെക്കാനാണ് വണ്ടരാൾ പറഞ്ഞാൽ നമുക്ക് സംഘടിപ്പട്ട ഓറ്പാസ്സാക്കണം അമ്മ പറഞ്ഞ് നിങ്ങൾക്ക് അംഗീകരിച്ചോട് ഞാൻ ചോദിച്ചാൽ മതി ചെയ്യും നിങ്ങൾക്ക് ചിന്തിച്ചിന്റെ അപ്പുറം എനിക്ക് ചിന്തിക്കാൻ പാടില്ല അളപ്പിച്ചത് ആർക്കല്ല സിഫത്തായി സങ്കല്പിക്ക് ആ സിഫത്ത് ലവിത്തറ മറ്റൊരു സിഫത്ത് കൊണ്ട് മുത്തസിഫായി എന്ന് പറഞ്ഞാൽ ഇത് ഇത് സിഫത്തുമായി എന്നാലേ ലസിമ തർജിയുമിലാ മുറജിനാണ് തർജീയ വരുന്നുണ്ട് ഇത് സിബത്തും ഇത് മോസൂഫാ പകരം ഇയാള് പറയുന്നത് ഞാൻ മോസോഫും ഈ സിബു ഇങ്ങോട്ടായിക്കോന്നു ഞാൻ ഇന്നലെ നിൽക്കാതെ അങ്ങോട്ടേക്ക് അങ്ങനെയാകല്ല ഇത് കാരണം ഇത് മൗസൂഫത്തൻ നമ്മുടെ തകത്ത് പ്രകാരം ഈ ഒന്നാമത മോസൂഫത്വം രണ്ടാമത് സിബത്തുവാക്കി ച്ചാ വിശിരിക്കുന്നത് ഇതല്ലേ ഇങ്ങനെ ഇത് മോസോഫും ഇത് സിബത്തും ഇങ്ങനെയാവട്ടെത്തി എങ്ങനെ ഏത് സിഫത്തൻ അത് സിഫത്താവാത്ത രീതിയിൽ മറ്റൊരു ദാത്തി ആവാത്ത രീതിയിൽ എങ്ങനത്തെ ഉണ്ടല്ലോ അത് ഏതൊരു ദാത്തിന് സാധനയുടെ മൂന്നെണ്ണം പോണെന്നാണ് പറയുന്നത് എങ്ങനെ ഇത് ദാത്തില്ലെന്നുള്ള സങ്കല്പനം എടുക്കുന്നു ആ ഇത് കുതിരത്ത് ഒരു സിബത്ത് ഈ സിഫത്ത് മറ്റൊരു സിഫത്തിനെ കബൂൽ ചെയ്തു അപ്പൊ ഇതാരായി മൗസോഫ് ഇത് സിഫത്തു ആയി അപ്പൊ ഇവിടെ പറയും തർക്കം കൂടാം ഇങ്ങനെ നേരെ അക്ഷിച്ച് ഇവിടെ വെക്കാം ഇത് സിഫത്തും ഇത് മൂസോപ്പും അങ്ങോട്ടും ഒന്നും കൂടെയല്ല അപ്പൊ തർജിയും ഇല്ലാമറിയും അതിന്റെ പരിപാടി എന്താന്ന് രണ്ടാമതും ഇവിടെ നിൽക്കാൻ മൂന്നാമത് കാത്ത് വേടാന്ന് വെച്ചാ പ്രസംഗം തരും നമുക്ക് അല്ലൂന സിഫത്തൽ ഈ രണ്ടാമത്തെ സിഫത്ത് ഉണ്ടാകണം ഒരു ദാത്തിന് സിഫത്താവാത്ത രീതിയിൽ എങ്ങനത്തെ ആ ദാത്ത കൊണ്ടാണ് നിലനിൽക്കുന്നത് അൽ മൗസോഫത് നമ്മളെ ഈ മൗസോഫായ സിഫത്ത് അതുപോലെ വധൂന അന്തൂനൽ മൗസോഫുൽ വധൂ അതുപോലെ അതിന്റെ ഖബർ വരുന്നുണ്ട് വധൂന അന്തോസോഫ് മോസൂഫത്ത് ആവാത്ത രീതിയിലും അത് അസിഫത്ത മറ്റേതിന്റെ സിഫത്ത് ആവാത്ത രീതിയിൽ എങ്ങനെ ഇതാണ് മോസോഫത്തായ സിഫത്ത് ഇതാണ് സിഫത്ത് അല്ലേ ഈ മോസോഫത്തായ സിഫത്ത് ഇതിന്റെ സിഫത്ത് ആവാനും പാടില്ല ഇതിൽ നിലക്കാൻ പണി രണ്ടാം കൂടെ നിലക്കാൻ പറ്റുന്ന എന്തോ വെച്ചുള്ളൂ ഒരു റാത്തേ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ രാത്തില്ലാതെ കണ്ടിങ്ങിട്ടും കൊണ്ടുണ്ടാകുമ്പോ തഹക്കുമുൻ അതാണ് ഈ ഖബർ കേട്ടോ ഇത് ജഹലുവിന്റെ ഖബർ ഈദാഹിമുമാ ആ ജനു എന്നതിന്റെ മുബത്തതായിട്ട ഖബറാണേത് തഹുമുൻ എന്ന് പറഞ്ഞാൽ തർജിയും ബിലാമൊജിയും വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് اَتَّقِ الَّذِي بَحَثَ تَعَالَى اللَّهُ سُبْحَانَهُ وَتَعَالَى قَدْ ثَبَتَ ثُبُوتُهُ بِأَنَّهُ قَامَ بِهِ يَا قَامَتُ بِهِ الله تعالى يمكننا itsٍّرات وطباطية وتضباطية ، dioضبار!. السفات وطباطية وتضغطを Michela havingsailable' entonces Your One had comeed beauty gives details مجteenياzeug السفتاء نعم Zelda يوضح الله لاحاة ذ Twech لات juga فلَا يستغلْ لَا مَحَلِهُ كل الذي كان لديه كان ي rechtماع في طريب 28 و هو المطلوب അപ്പോ ഇതായി നഫ്സിന്റെ രണ്ട് ഭാഷയ്ക്കിൽപ്പെട്ട ഒരു ശിക്കാനോടെ നമുക്ക് കൂട്ടായിട്ടില്ല അതവിടെ സുബൂത്തിനാണ് അത് നമ്മ അല്ല നേരത്തെ നമ്മ പറഞ്ഞതു അത് ഭാഷാസം പ്രകാരം പറഞ്ഞത് വേണ്ടിയിരുന്നു അടുത്തൊന്നില്ലേ അതിനു ചർ നോക്കിയന്ന്ല്ല പറഞ്ഞേ അപ്പൊ ഇവിടെ നെഫ്സ് എന്നുള്ള ഇവിടെ രണ്ട് കാര്യം ഉണ്ട് നമുക്ക് ചിന്തിക്കാൻ ഒന്ന് ബിനഫ്സിന്റെ ബാന അന എന്താണ് ബാണ്ട് കത്തപുത്ത് ബിൽ കടമി ഞാൻ പേന കൊണ്ട് എഴുതി എന്ന് പറയുമ്പോൾ എനിക്ക് എഴുത്ത് നടക്കണമെങ്കിൽ അബാനായി ഒന്ന് പിന്നെ അതാണ് ശബത്തിന്റെ ബാടുണ്ടാവും മഴ കൊണ്ട് വിത്ത് കുളച്ചു ശബാണ് പിന്നെന്താ ഉണ്ടായാലേ സ്ഥാനത്ത് പിന്നെ മാന്വരോ പോയങ്ങൾ പറയുമ്പോ താടിയത്ത് ആ താഹബത്ത് ഈ ഞാൻ ഓനയും കൂട്ടിച്ച് പോയി എന്റെ പോക്ക് ഞാൻ ഓനയും കൂട്ടി കുട്ടികൾ തീനത്തുണ്ടാവും ഞാൻ പോകുമ്പോയും കുട്ടിയും പിന്നെ മുസാഹബത്തിന്റെ പാണ്ട് ഞാൻ ഓനോടൊപ്പം പോയി ആ താവിളുണ്ടാവും ഈ പേന ഞാൻ പത്ത് റുപ്പ്യ വിറ്റു അപ്പൊ പത്ത് റുപ്യ ഞാൻ വാങ്ങിയെന്നും പേന കൊടുത്തു എന്നുണ്ടാവില്ല താവിയിലാണ് ും അതായത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക ഇതിൽപ്പെട്ട ഏത് ഭാഗമാണ് ഈ ബിസീന്റെ മാ പിന്നെ അള്ളാഹു താലാന്റെ നബ്സല്ലേ ഹീ എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാക്ക് എന്ന് പറയാൻ പാടില്ല നബ്സ് എന്നുള്ള ആദിത് അല്ലേ അപ്പൊ ആദിതായ ഒരു പേരങ്ങനെ അള്ളാഹു പറഞ്ഞു രണ്ട് കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാനുണ്ട് അതിനാദ്യം പറയാ ഈ ബാ എന്നുള്ളതാണ് ഹെറോഫിൽ മഹാനിയിൽപ്പെട്ടതാണ് ഹെറോഫിൽ മബാനിയല്ല ഹെറോഫിൽ മഹാനിയം അപ്പൊ മാന കൊടുക്കണം അപ്പൊ കീര അവിടെ ഉണ്ട് കീരൽ ആലത്തി ആലത്തിന് വേണ്ടി ഉള്ളതാക്കാം അപ്പൊ എന്താ ഈ ക്രിസ്ത്യാനത്തിന്റെ വാ ഓലിയായി ഓന നിലനിൽപ്പ് ഓണക്കൊണ്ട് തന്നെയാണ് ഇവ കീഴ് സബിയ സബബിന്റെ ഭാഗമാണെന്നുണ്ട് ഓന്റെ കാത്തിന്റെ സ്വഭവാൽ ഓൻ തന്നെ നിലനിൽക്കുന്നു മറ്റൊരു സ്വബ് വേണ്ട ഇവക്കീല മറ്റൊരു മായനാളക്ക് വിമാന സീനമായ തർവീര് കൊടുക്കണോ എന്നുവെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എത്തിപാറ് ചെയ്താലും ഇല്ലെങ്കിലും ഓരിക്ക നിലനിൽപ്പുണ്ട് ചില നമ്മൾ എത്തിപാറ കൊണ്ടുണ്ടാകും എത്തിപ്പാറില്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല നിങ്ങൾ അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിൽ ശരി വസ്തുതയുണ്ട് അപ്പൊ നമ്മുടെ തെളിവ് കൊണ്ടോ നമ്മുടെ സമർത്ഥനം കൊണ്ടോ ഇല്ലാത്ത സാധനം ഉണ്ടായിത്തീരാത് ഉള്ളതിനെ തെളിവ് വർദ്ധിപ്പിക്കാന്നേ ഉള്ളൂന്ന് അത് അപ്പീനഫ്സിൽ സാധനം അപ്പീനഫ്സിൽ ഉണ്ട് അപ്പൊ എന്താ ഈ അന്നേരം നമ്മുടെ മാലിനേക്കും മഹസ്യത്തിലേക്കും ആവശ്യമില്ലാന്ന് ഒപ്പിക്കാനെ കുറിച്ച് പണി വരൂ ഓക്കെ ബോഹുബാലിൽ ആക്കുന്നത് സീനവേനോടുക്കര ആക്കടുന്നത് മറ്റേ ഒരു ഇഷ്ടവാക്കി വരൂന്നേ പറഞ്ഞു ഇഷ്ട കുറഞ്ഞു വിട്ടത് ഹീന വേനോടുക്കാരാണ് റിയോ അസ്തീനസിന്നെ എന്തല്ല എന്ന് വെച്ചാൽ മറ്റൊരു സാധനത്തിന് എത്തിപ്പാട് ചെയ്തുകൊണ്ടിട്ട് ഇതിന് എന്തെങ്കിലുണ്ട് എന്നല്ല ഇവിടെ അവകാശപ്പെടുന്നത് നമുക്കുണ്ട് ഉള്ളതെല്ലാം മറ്റൊന്ന് ഏറ്റുപാട് ചെയ്തിട്ട് ഓൺ തന്നെങ്കിലാവാം പിന്നുള്ള നിങ്ങൾക്ക് ഏറ്റുപാടുകൾ ഉണ്ടാകും അങ്ങനല്ല േ ഇടുത്തു വരുന്നു അവിടെ അത് അതിന് അനുപരിഷ്കാരുന്നു ആടാ മിനസി വേണ്ടത് എല്ലാം മിനൻ നക്സീനാണോ വേണ്ടതൊന്നും ചിന്തിക്കാറില്ല ആടസിഫത്തിനുണ്ട് നക്സീന്നല്ല പറഞ്ഞത് നമ്മുടെ ഉത്തരം ഭാനമാരുടെ പറഞ്ഞു കൊടുക്കുമ്പോ പറയാൻ പറ്റോ അത് മഹലൂഖത്തിനുള്ള പേരല്ലേ അപ്പോ അവിടെ സിബത്തല്ല എനിക്ക് പറഞ്ഞാൽ വേണ്ടി നബ്സി എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് അല്ലാഹി താലാക്ക് പ്രയോഗിക്കൽ ജാഹിതായ കാര്യത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ട് വറത പാലിക്ക അതെ കഹീ ഖുർആൻ വന്നിട്ടുണ്ട് ഹദീസിലും വന്നിട്ടുണ്ട് വർദ ഖാല അല്ലാഹു തഅ കതബ റബ്ബുകം അലാ നഫ്സിഹിർ റഹ്മതൻ അല്ലാഹു തഅ എന്നുണ്ടാണ് നഫ്സുൽ അല്ലാഹു തഅ അർസുന്ന ഹദീസുന്ന അബ നഫ്സുന്നല്ലത് ഖദീമിന ആദീദിനം പറയാൻ വേണ്ടി ദാവനണിപ്പം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതു വരോദുണ്ട് നഗറ വസ്തനാതു കലി നഫ്സി ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഓരോടുക നഫ്സീ എന്ന് ഓർജില്ലേ وبين القران الحديث بس قال عليه الصلاه والسلام لا وحسي تنائا عليك انت كما سميت انا نسيت اذا نفسولت الى غير ذلك غير طلبون ابو هريره عايதான வந்துടാ خلاف اذا خلافானது আর كلمه يقول انه لا يجوز ذكر الله அல்லாஹ் ने बेर النفسьяന്ന ఆ ప్రయోగం जायజల్లా అన్నారని వర్కి ఎదిరై కొందామని మరిదు అవర్న మరిన పరయా మచోల ఇల్లా మి మకామల్ ముషాకలతి ముషాకలతిన మకామల్ అద ముషాకలత అన్ననాల్ అడిమంద వాగ పొన్న వర్నప్పుడు దాని ఆపోజిట్ ఏం మరియన్న అవర్ మరిని అవర్ ముస్తహజీగ్రన్ ఇన్న నలన్ ఇనమానల్ ముస్తహజీగో ధను అన్నప్పుడు అల్లాహు యస్తహజీబిహి ముషాకలత അതുകൊണ്ട് അന്നാമത്താലാക്ക് മുസ്തഇന്ന് ഇസ്മു പറയാൻ പാടില്ലല്ലോ എന്നുണ്ട് അവിടെ അവർ മക്കൃദ് ചെയ്തപ്പോൾ അന്നാഹത്താലയും മക്കൾ ചേർത്തു മുഷാക്കരത്താണ് അതുകൊണ്ട് അന്നാമത്താലാക്ക് മാക്കീർന്ന് അസ്മഹിനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ ചില പ്രയോഗത്തിൽ വന്നതല്ലാതെ ഓർന്നും പറ്റൂല അപ്പൊ എന്നുണ്ട് അവർ കണ്ടുപിടിച്ചു അത് മുഷാക്കലത്താണ് ഈസാനി പറഞ്ഞത് എന്റെ നഫ്സിലുള്ളത് നീ അറിയും നിന്റെ നഫ്സിലുള്ളത് എനിക്ക് അറിയില്ല ഈസാനിസ്ലാം പറഞ്ഞു ആ രീതിയിൽ മുഷാക്കലത്ത് വന്നാലല്ലാതെ കണ്ട് ദുരന്തെന്നുള്ള പ്രയോഗം പാടില്ല എന്നാണ് വിട്ട് പറയുന്നത് അത് നമുക്ക് അത് മറുപടി കൊടുക്കേണ്ടി നമുക്ക് ആഴത്തിന്റെ പിൻപലുണ്ടായിരുന്നോ എല്ലാ അഴ എല്ലാ അഴോ സാധനങ്ങൾ മൂന്നാണ് കദീമന്റെ മാത്രം പ്രയോഗിക്കുന്നുണ്ട് ആദ്യത്തിന് മാത്രം പ്രയോഗിക്കുന്നതിനുണ്ട് രണ്ടിനും കൂടി പ്രയോഗിക്കാൻ പറ്റുന്നുണ്ട് രണ്ടേയും കൂടി പ്രയോഗിക്കാവുന്ന രംഗത്താണെങ്കിൽ ആ കദീമിന്റെ തനസ്ഹാതെല്ലാം സൂക്ഷിച്ചു പിടിച്ചുകൊണ്ട് പ്രയോഗിച്ചുകൊള്ളണം ഉദാഹരണത്തിന്റെ കുതിരത്ത് കുതിരത്ത് എന്നുള്ളത് ഹാബിറ്റിനും പറയാം കദീമിനും പറയാം അത് ഏതെങ്കിലാണ് മുശ്ശിക്കൽപ്പെട്ടതാണ് കൊണ്ട് വന്നത് അവിര കൊണ്ടോ അവിലവീയത്തുകൊണ്ടോ സിദ്ധത്തു കൊണ്ടോ അശ്രദ്ധീയത്തുകൊണ്ടെല്ലാം മാറ്റം വരുന്ന സ്ഥലത്തിലാണെങ്കിൽ അതാണ് പുല്ലിയെ മുശക്കിക്കുക എന്നാണ് കണ്ടു വന്നത് അപ്പൊ കാതികളുള്ളത് അതിൽ ഈ പടുത്തുള്ള കുതിർത്തമുണ്ട് ആതിതായ കുതിരത്തുമുണ്ട് ശക്തി കുറഞ്ഞ കുതിരത്വമുണ്ട് അല്ലാതെ പോലത്തെ ഔരവീയത്വം അശദ്ധീയത്വം അഹമനീയത്വം എല്ലാം അടിയ മുതിർത്ത് വേറിയുണ്ട് ഞാൻ വിസവിക്കുന്നു അറിയുന്നു അപ്പൊ ലക്ഷണം അക്കൂട്ടപ്പെടുന്നു അപ്പൊ കദീമനെ പ്രയോഗിക്കുമ്പോൾ അതിനെ വട്ടം പോലെ പ്രയോഗിച്ചോളണം ആദ്യത്തിന് പ്രയോഗിക്കുമ്പോൾ അതിന്റെ നുക്സാൻ എടുത്തിട്ട് പ്രയോഗിച്ചോളണം قديم من الذها عديث النواع عديث النواع قديم من المعدي في الجهة بارية بمعنى سلب الاختقار الى المحل عب المخصفين وعلم أن القسمة رضائية بمعلم خصفين في بار الكوليين بستوكلا نمتع قوهيد معاني قسم الله മഹല്ലും വേണ്ട മുഹസീസും വേണ്ട രണ്ടും വേണ്ട രണ്ടും വേണം മഹല്ല് വേണം മുഖസീസ് വേണ്ട മുഖസീസ് വേണം മഹല്ല് വേണ്ട ആരും ഇല്ലേ അത് നമ്മുടെ ഉദാഹരണം പറയാം രണ്ടും വേണ്ട അല്ലാണ്ട് കാത്തിൽ മഹല്ലും വേണ്ട മുഖസീസും വേണ്ട അല്ലാണ്ട് കാത്ത് രണ്ടും വേണം നമ്മളെ അറു നമ്മളെ അറബിനെ പഠിച്ചിണ്ടാക്കി അല്ലേ വേണം നിക്കാനുള്ള കാത്തും പോണം രണ്ടും വേണം രണ്ടു ഇല്ലേ മഹല് വേണം മുഹസിസ് വേണ്ട അള്ളാന്റെ സിഫാത്ത് പോലെ അള്ളാന്റെ താത്ത മഹല്ലേക്ക് വേണ്ടേ പക്ഷെ പടക്കാൻ വേണ്ട നമ്മളെ കാത്തിന്റെ മഹല് വേണ്ട പടക്കാനാള അപ്പൊ നമ്മളെ കാത്ത് നമ്മളെ സിഫാത്ത് അള്ളാന്റെ കാത്ത് അള്ളാന്റെ സിഫാത്ത് ഇതാ നാളെ വിചാരിച്ചു അള്ളാന്റെ കാത്തിന് രണ്ടും വേണ്ട നമ്മളെ കാത്തിന്റെ മുഖസിസ് വേണം മഹല്ല് വേണ്ട അന്നാമത്തെ സിഫാത്തിന് വേണ്ട മഹല് വേണം നമ്മളെ സിഫാത്തുകൾക്ക് രണ്ടും പോണം അത് കാണല് നമ്മള് സിഫാത്തിന് വേനല് വേണ്ടി നമ്മള് കാത്താക നമ്മള് വേറെ താത്ത കൊണ്ടാ നിൽക്കുന്നു നമ്മള് കാത്ത് നിൽക്കുന്നു മുഹസിസിലേക്കല്ല ആവശ്യം നിങ്ങളെ വേറെ അതാ വാല് അത് മുജൂദിനെ വാൻഡ് അത് ഈ ഈ മക്കാലുള്ള നമ്മക്ക് ഉണ്ടായിത്തീർന്ന മറ്റു അരള്ളന്ന് നിങ്ങൾ സ്ഥലത്തിനകുന്ന സ്ഥലത്തിനെ കൊണ്ട് എന്ത് സാബ് ചെയ്യപ്പെട്ടതാകുന്നത് മറ്റൊരു അരളാണ് സാധനം അത് അറുതല്ല നമ്മൾ നിൽക്കുന്നത് നമ്മളെ മുജൂദിനെ നോക്ക് ഈ ജവഹർ അറി പണ്ടേത്ത അസീമിലൊക്കെ വിനിയമായിരുന്നു ഒരു സാധനത്തിന്റെ അറബുക എന്ന് പറഞ്ഞാൽ ഈ അത്തൻ തന്നെ മണം എന്നുള്ളതിന് സ്വയം ഉചൂതില്ല അത്ര ദാത്താണ് നിലക്കുന്ന കാലത്തോടെ അതിന് ഉചിതുള്ളൂ എന്ന് പറഞ്ഞ മാതിരി വേറെ ഏതോ ദാത്ത് നിലക്കുന്ന കാലത്തോടെ ഉള്ളൂ എന്നല്ല അപ്പൊ കിസ്മത്ത് രണ്ടും നാലെണ്ണായി ഒന്ന് മുസ്തകനിൻ അനിൽ മഹല് മുഹസിൽ രണ്ടും ആവശ്യമില്ലാത്തത് ഭഗവദത്തുള്ള അനിൽ മുഖസ്സി പക്കത്ത് അപ്പൊ ഏത് വേണം മഹല്ല് വേണം എന്നതിന്റെ കഴിവ് മൊഹസിസ് എന്ന് പറഞ്ഞ മോദ്യത്യ മൊഹത്യ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി തീർക്കുന്ന മൊഹത്യമായി അൽസമി അൽ ഹൃദോസ് അന്നല ഹൃദോസ് രാജ്യമായിട്ട് വരും അത് രാജ്യമായി വന്നാൽ നമ്മൾ തെളിവ് എണ്ണം ആയപ്പെട്ട തിരിച്ചോണ്ട് എണ്ണം അല്ലെങ്കിൽ സർജിമിലാ മുറിയ വരും അല്ലെ ദൗറ തസൽസിലെ വരും എന്നൊക്കെ പറഞ്ഞില്ലേ അവർ തീർന്നു നീൽസ തുക എന്ന മൂപ്പർ ബൈറ്റിന് വേണ്ടി കൂട്ടിക്കൊടുത്തതുമാണ് ഒരു ദ്വായു ആണെന്നാണ് പറയുന്നു അതൃക്ത അ തുക എന്ന് പറഞ്ഞാൽ തക്കുവാന് എന്താ തക്കുവാൻ മറുമുറാ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഇന്ത്സനങ്ങനെ ഫെഹിലൻ അത് ചെയ്യലിനാല് ഓക്കെ തറക്കൻ അത് ഒഴിവാക്കലാ രണ്ടുപോയില്ലിമാർ പറയുന്നു അ തുക രണ്ടു പറഞ്ഞാലും വായന ഒന്ന് തന്നെ ഭാഷ പറയാൻ പറ്റി ബഹുമാ ലോഹത്തൻമാൻ ലിഫ്റ്റ് കായന്റെ വായനാക്കാം ഇത്തിക്കാൾ എന്ന് പറഞ്ഞാൽ എന്താ കാക്കാനുള്ളൊരു വസ്തുവിനുണ്ടാക്കി തൊരിക്കൽ നമ്മള് ദേഹമോ അഭിമാനമോ സമ്പത്തോ എന്തുവാട്ടെ ഒരു സാധനം കാക്കാൻ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കലേ ഇത്തിക്കാൾ അപ്പൊ കണ്ണൻ തുറന്നതിന് ചട്ടൻ ഉണ്ടാക്കിയാൾ അപ്പൊ ഇവിടെ ഇന്ത്സാൽ മഹബൂറാത്ത കൊണ്ടും കൊണ്ടും എന്നുണ്ടായിത്തീരുന്നുണ്ട് അള്ളാഹുബാൻ്റെ ശിക്ഷയെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കാൻ കഴിയും മാനക്കാരിനെ തൊട്ടും കാത്തുരക്ഷിക്കാൻ കഴിയും മൊത്തക്കെയായി ജീവിച്ച അവര് പൊതുയത്തില്ലായിരിക്കും ഒന്നും എവിടെയില്ലല്ല ആളെ മുറ്റം പറയാനില്ല അല്ല ഒരു കാക്കുമാലുള്ള എന്താണോ വസ്തു അതിനെ ഉണ്ടാക്കി തീർത്തലാണ് ഇത്തിക്കാൾ ഇത്തിക്കാലിന്റെ മായനക്കാൻ തക്കുവാന്ന് പറയുന്നത് യക്കീനുഹു മൈനന്റെ അവന്റെയും അവൻ തോടിക്കുന്ന എന്തോ ഒരു വസ്തുവിന്റെയും ഇടയിലെ ഒരു മറ മറടമണി ഉദാഹരണം വിശ്ര തുറി പരിചയ തട്ടണില്ല പെർജത്തട്ടിങ്ങനെ കുടിച്ചാൽ എന്താക്കാം ഇട്ടു കാവ് എന്ന് പറയും അങ്ങനെ വരുന്ന കല്ല് തെടുക്കാം അമ്മിനെ തെർക്കാം ബാളിന്റെ വെട്ടിന് തെടുക്കാം അപ്പൊ പെർജത്തട്ടിങ്ങനെ കുടിക്കാൻ ഇറ്റുകാവ് എന്ന് പറയാം കണ്ണിൽ വേഗടിക്കുന്നതിന് നമ്മൾ ഇങ്ങനെന്താക്കി ഒരു ബോളെടുത്ത് ഇങ്ങനെ പിടിച്ചു കാവി അതിസാമി അജിസാമിൽ അതുപോലത്തെ വിത്താനും പക്ഷെ എം സി സാലിന് മകം മൂറാത്ത അജിസാമല്ല അത് ഫെയിലുകളാണ് ഫൈഡുകളാകുമ്പോ അങ്ങനെയാകാം അത് സ്ഥാമിതാണ് നിസ്സാരാക്കിയത് തുറത്തുപോലത്തെ അപ്പൊ അപ്പൊ മായന ഇതുപോലായി എന്നായി അവനാ ബൈനഹുടയിലെ മഹാസി മഹാസി ആണ് മായ കാപ്പുക സാധനം അത് ജിസ്മല്ല ആ ഒരു കാവൽ വസ്തുണ്ടാക്കി എങ്ങനത്തെ കാവൽ വസ്തു തോ ആ വസ്തു തടുക്കും അതെന്താണത് അവന്റെ അസമിന്റെ കൂവത്താണ് അവിടെയുള്ളത് എന്തിന്റെ മേൽ അസുഖ അല തടക്കിയാ മാസിയത് ഞാൻ ഒഴിവാക്കും എന്നുള്ള ഒരു അസമുണ്ടല്ലോ ഈ അസുമാണത് മാത്രമല്ല ഒതു കൂടി വേണം കൂവത്തിന്റെ വളത്തി അവന്റെ ഇൽമിനെ ആന്തറാക്കുക ഇവനറിഞ്ഞിട്ടുണ്ട് മാസിയത്ത് മഹാ മോശപ്പെട്ടതാണ് മോശപ്പെട്ടതാണ് എന്നുള്ള ആ അറിവുണ്ടല്ലോ അത് അറിവടെ മുമ്പിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക എപ്പോഴും മാസി രണ്ടെണ്ണം വേണം മാസിയത്ത് മോശപ്പെട്ടതാണ് എന്ന് കാണുക ഏ അതിനാൽ എന്താണ് മഹാ മോശം എന്നുള്ള ഈ അറിവാണ് മുമ്പിലവിടെ വെക്കുക അതിൽ നോട്ടം പതിക്കാം അതോടൊപ്പം ഇനി അതിനെ അടുക്കൂല അടുക്കൂല അടുക്കൂല എന്ന അസുഖം കൊടുക്കുക ഇത് എണ്ണ കൂടെ കൂട്ടുമ്പോഴാണ് അവിടെ ഐറ്റക്കാരുണ്ടാവുന്നത് അപ്പൊ രാസീക്കത്ത് പറയുന്നേ ഉള്ളൂ കാരണം അടക്കത്തെ സംഗതി എന്താണ് അപ്പൊ മാസിയത്ത് എന്താണെന്നും അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നും അതന്നെ എത്ര മോശപ്പെട്ടതാണൊക്കെ ഇങ്ങനെ റൂറാക്കിയാലേ അത് സഖുന്റെ ഒരു ലാസിപ്പെട്ടതാണ് ഇത് നഖല ഹുസൈഫ് അബ്ദുസലാം വ്യാഖ്യാനിച്ചത് പറഞ്ഞത് എന്ന ഈ ജുംലുണ്ടല്ലോ അത് ഇൻസാൻ അത് ദ്വാന്റെ വാനാക്കാണ് ലഫ്ഡ് നോക്കിയാൽ മതി ആ ഫീലാണ് തഖ്വാനെ നീ എത്തിച്ചു എന്നല്ലേ പറഞ്ഞു എത്തിക്കട്ടെ അപ്പൊ കസി അതുകൊണ്ട് ശൈഷണമിയാഴു എന്ന് കരുതിയത് ആ ദ്വാ ആരോട് നിൽട്ട നീ എത്തിച്ചു ഈ കിതാബ് ആരാണോ കേറിട്ടിരിക്കുന്നത് അവർക്കല്ല ീഫത്തെ സിഫാത്തില്ലായിട്ട് അള്ളാഹുന്റെ സിഫാത്തുകളെ അറിയാൻ വേണ്ടി കൈകാര്യം ചെയ്യുന്ന ഏത് വ്യക്തിയുണ്ടോ അവനോടെല്ലാം കൂടിയാണ് പറയുന്നത് നമ്മളോട് തന്നെ മാത്രമല്ല തക്കമീലത്വാണ് ബൈസ് പൂർത്തിയാക്കാൻ അള്ളാഹുഅള്ളി തന്നെ ആക്കി മറിച്ചാതി മറിക്കുക അള്ളാഹു എന്റെ ഈ അക്കീലിയതാക്കുന്ന പേടിയാണ് തൗപ്പ് അനുഭവം അതിനെ തുടർന്ന് ഉണ്ടായിത്തീരും അതുമ സ്വദൂരിള്ളാവിതാര ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവല്ലോട്ട് ഉണ്ടാവില്ല ഉണ്ടാവല്ല അടുമിനെ ആ ഹവുണ്ടാക്കി തീർക്കും ആ ഇഷം മായനയിൽ ഈശാ എന്ന് പറയുമ്പോഴോ ലഫു നോക്കെ ഖബരിയാണ് ഖബരിയത്വം പിന്നെ ലിമൻ ഹലിപ്പെലബി അള്ളാഹ് നസിഫാത്തിന് അവ കൈകാര്യം ചെയ്തു അതുമായി പഠിക്കം കൊണ്ട് ഏർപ്പെട്ടുകയാണ് നെസുബ് കൊണ്ടു വായിക്കണം അല ദുമായി അപ്പൊ കസി ധാനൂപ്പര്ത്തിയാക്കലേയും കരുതി തക്കടിയ അമ്രീ നൃത്തം രണ്ട് കാര്യം ഉപ്പുറ ഉദ്ദേശത്തിലുണ്ട് ഒന്ന് ദ്വായാണ് മറ്റ് തക്കമ്പിരത് ആണെന്ന് ിൽഹാലു പുല്ലെ മസ്തറാവുണ്ട് ആ അതെല്ലാം വരണ്ടി ശരി കൂട പടപ്പ് കൊണ്ട് ഓട് വ്യത്യാസമുണ്ടായിരിക്കാം അതല്ലാണ്ട് പ്രത്യേകതയാണ് غير ذن الله ألا تعالى خالق الله نابن وخلوك اللي اندا إليه ولكن القديم اللي نابن حريفا اندا إليه هذا نعود الإكتياس الدارة أي مخالفته تعالى الله سبحانه وتعالى مخالفتا ولانا سلبية صفات علامته ذن للغيرين وددستعي لغيره അപ്പോൾ അൽഗൈറുൻ ദലിഫുlambdaൻ ദായി മുലാഫുന ലൈഹി തട്ട ബഗദായി വൈരിഹി എന്ന് പറഞ്ഞ ഹാന കണ്ടിട്ടാണ് ദിൽഗൈരി യരിന മുലാഫുന ലൈഹിക്ക് ബഗദൻ അൽഗൈറം ഉടുത്ത് ആ ഗൈറുൻ ദിനൽ മിനൽ ഹവാദിസനാ അല്ലാഹുല്ലാതൻ ലഹവാദിസണല്ലോ വമാനാഹ ഈ മുഖാലഫത്തിൻ്റെ മാനാ ആദം മുവാഫഖതിലി ശൈഇൻ മിനൽ ഹവാദിസ് ിൽപ്പെട്ട ഒന്നിനോടും ഒരു മുവാഫക്കത്തി ഇല്ലായ്മ എന്നല്ലേ വാലിക്കു അസ്സലാം അപ്പൊ ഹവാദിഫിന്റെ പറയപ്പെടുന്ന ഒന്നൊന്നാമത്തെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ വന്നത് അനേകത്തിലൂല് പറച്ചിലും ഇല്ല അദ്ദേഹത്തിൽ ഒട്ടുമില്ല പറച്ചലിൽ വന്ന വാരിതായ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെന്താക്കണം അതിന് തോമീലൊടുത്തോളണം ഹാദിഫിന്റെ പറയാനുള്ള അവസുണ്ടല്ലോ ചില സിഫത്തുകള് هذا معارض آياته لفضل ونظر وعجال على نسلية قديم آينا متغفيد والقرآ سأعلمون صوله أفل فليس تعالى الله تعالى اللب جوهر جوهر الله هذا حادث الدوصف جوهر آبك ولا جسم جسمو الله ولا, ولا عرضو الله متهد ذكر نور دورا ساكر نور يومار الله വല യൂസഫ് തയാല അന്നു തയാലക്ക് കിബർ വലുപ്പം കൂടിയതെന്നല്ല കീബർ മറ്റേ കീബറല്ല മനസിന്റെ കീബർ എന്നിട്ട് മടായി കാട്ടല്ല എന്ന കീബറല്ല ആ കീബറല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കൊലക്കിലപ്പെടുക വല ബിഹരി ചെറുപ്പും കൊണ്ടും ചെറുതായി വലുതായില്ല ഏത് ഏത് ചെറുതുമ്പോൾ ഏത് കീബറ് മാനവീയായ കബീർന്നുണ്ടോ എങ്ങനെയുണ്ട് എല്ലാവരെയേക്കാളും ഉന്നതനായവൻ അത് മാനവീയാണ് ഇസ്മാനീയായ ചെറുത് വലുത് എന്ന് പറഞ്ഞാൽ അത് പറയൂല വലാബിൽ പൗക്കിയെത്തുകൊണ്ട് ഇന്നതിന്റെ മുകളിലാണെന്ന് പറയൂല വലാബിൽ തഹത്തി ഇന്നതിന്റെ താഴേന്നും പറയൂല കൊലാബിൽ അംകീനെത്തി ഏതെങ്കിലും സ്ഥലങ്ങളിൽ സ്ഥലമോ ഒരേ ഒരു രാസോ വെച്ചോട്ടെ അതിൽ ഹാൻഡ് ഇല്ല ചില പ്രതിമകൾ ഉണ്ടാക്കിയിട്ടേ അതിൽ അവതരിക്കുക എന്ന് പറഞ്ഞത് അങ്ങനത്തൊന്നുമില്ല അതിൽ പാത്രം വെച്ചിട്ട് അതിൽ അവതരിക്കരുത് അതിൽ വന്നിറങ്ങാൻ ആ ഹലൂരില്ല വലാവിൽ ഇത്തിഹാദ് ഇത്തിഹാദില്ല ഇത്തിഹാസ് എങ്ങനെ കാലിക്കുന്ന ഫലക്കും ഒന്നാകല് രണ്ടു കാലം കൂടിച്ചേർന്നിട്ട് ഒന്നാകലുണ്ടല്ലോ ആ മൊത്തം ഇല്ല ഇത്തിസാലുകൊണ്ടും മസ്ഫോറിയൂല ഇത്തിസാൽ ഇത് അതിനോട് ചേർന്നു ബന്ധപ്പെട്ട് കിടന്നു എന്നോ അല്ല അതിൽ ഇന്നതി പിരിഞ്ഞോ അതും പറയൂല ജമീല് കൊണ്ടും പറയില്ല ഷിമാലുകൊണ്ടും പറയില്ല ഹൽഫ് കൊണ്ടില്ല ഒരാമില്ലമ്മ മുമ്പാകും കൊണ്ടൂല പൗക്കുണ്ടാകും നേരത്തെ പറഞ്ഞു അപ്പൊ ആറ് ജിഹാത്ത് പോയി ആറല്ലേ വലത്ത് എടത്ത് മുമ്പ് പിമ്പിടെ പറഞ്ഞു പൗക്കുണ്ടാകത്ത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പ ആറ് ഭാഗങ്ങളെ കൊണ്ടും പറഞ്ഞൂല വനാഭിഹായിരയ്ക്ക ഇങ്ങനെ ഇതല്ലാത്ത മറ്റു പലതും വിശപ്പ് ദാഹം وَرَكُّ قَفِلَتُ لُنُّ وَنُّ وَرَيُّوْلًا عندما يقول عَلَبِ الْعَلْمِينَ صِفَاتِ الْحَمَابِ فِي النَّوَرَيْنَ صِفَاتِ غَرَعَ لَعُنُّ وَاللَّهُ تَعَلَيَوْا كَ وَرَدُوْلًا إِذْ إِنَّا إِنَّا بَلِيلًا لَوْ كَانَ مُمَافِلًا لَا لَوَدَمَ لَهُ تَعَلَى مَا وَدَمَ لَهَا إِذَان شرطيها يقضيها مقدما تاليو هذا شرطيها يقضيها لو كان مماثلا لأينا الذي شرطيها يقضينا مقدما هذا ما تريده أنه مرموطة ما تعورتشو هذا يقضيها تاليان لما جبله تعالى ما وجبلها إنا اللذيو نقرأ هذا الذي فأدبقه نورك عبارثنون الله تعالى سولي ما بغيانانجل انت سبب ويكو ഹമാദിസിന് ഉണ്ടാവേണ്ട കാര്യങ്ങളെല്ലാം അള്ളാഹു താലാഖ് ഉണ്ടാവേണ്ടി വരും ഹദൂസി ഹമാദിസിന്റെ പ്രത്യേകത എന്താ ഹുദൂസാണ് ഹാദിസ് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധാരല്ലേ അപ്പൊ ഹുദൂസ് അതിന് ഉണ്ടാകണല്ലോ ഹുദൂസ് ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് ഇവർ കിഫ്തിക്കാർ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാനുള്ള ഒരു മുറജിഹ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു ഹാരിഖ് സാനി എന്താ പറഞ്ഞോ അതിലെ കിഫ്തിക്കാറും വന്നു ഇത് രണ്ടും മൊഹാലൻ ഇതമ്പാലും ഇഷ്ടക്കാർ ദൂസു എന്താ മഹാരാജനാണ് പണ്ട് വാജിമുൽ മുതൂതാ എന്താ പറഞ്ഞത് വേണ്ടി വാജിപുൽ ഇഷ്ടക്കാർ ഉണ്ടാകാൻ പാടില്ല എന്നല്ലേ ഒന്ന് വാജിമുൽ മുരൂനാകലും ഹാരിസ് ആവലും തമ്മിലെതിരി ഹാരിസിനോട് മുമത്തിലായാൽ ഹാരിസിന്റെ ആവശ്യമുണ്ടെല്ലാം ഓടി വരണ്ടി വരും നോക്കടാ ആ എനിക്കിറങ്ങു നോക്ക് تخالف اعطفه على ما قبله من اتف اللازم على الملزوم كده ايه تخالف ان اللي ذاته ചെയ്തിട്ടുണ്ട് عندنا يا من قبلي من قبله عندنا القديم عندنا القديم باقيه اللي من قبله قلنا القديم باقيه അല്ലേ ദീമും ബാക്കിയായ സാധനം ഹാദീസും ഫാനീനോട് മുസാഫ് തുല്യത ഉണ്ടാവൂലേതായാലും ഇത് തന്നെയല്ലേ ഒരു സാധനം കദീമുമാണ് ബാക്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഹാദീസും അല്ല ഫാനിയല്ലാന്ന കാര്യം ഒപ്പല്ലേ ഹാദീസായ വസ്തു തുല്യത ഉണ്ടാവൂലാണ് അപ്പൊ ഈ ഇത് മാത്തൂഫ് ഇത് മാത്തൂഫ് ഇത് മാത്തൂഫ് മാത്തൂഫിന്റെ അലഹി മാത്തൂഫിന്റെ അലേഹയ്ക്ക് രാജ്യമായ കാര്യമാണ് മാത്തൂഫായിട്ട് ഇവിടെ വന്നത് അപ്പൊ അപ്പൊ ദലാലത്ത് കൊണ്ട് തഹാദ കൊണ്ട് കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ അല്ലേ ഇത് കാരണം എൽസമിജൂബിൻ ഇത്രയും സിമത്ത് മുമ്പെട്ടിട്ടുണ്ട് കിതമുണ്ട് ബക്കാൻ ബിൻ അഫ്സ് ഉണ്ട് ഈ നാലു സിഫത്തினா ലാസിമാരി തിരിഞ്ഞോടും എതു മുഖാഫതഹു ലികുല്ലി മാ സിബാഹു തആല അല്ലാഹു തആല അല്ലാതതെ ഓടേല്ലാം അവൻ വ്യക്തമുണ്ട് എന്നതു നമുക്ക് തിരിഞ്ഞു ഇൽതിസാമിയാ ദലാലതൈ ഫള്ളാ നമുക്ക് ഇൽതിസാമിയാ ദലാലതോട് പോയിട്ടാകൂല വലാ യുകത യക്തഫി മുസന്നിഫതങ്ങള് മദ്യാക്കിട്ടില്ല ബലകി ലാസിമി ലാസിമ മാത്രം കൊണ്ട് മദ്യാക്കില്ല അതുകൊണ്ട് ఆదిഹാല ബുദ്ധി മാർത്തേ ദത്തിക്കൊള്ളുന്നില്ല ിയാണ് വിഷയം അതുകൊണ്ട് തിരിഞ്ഞ കാലം ഒന്നും കൂടി വ്യക്തമാക്കി തിരിയലി വീട്ടുന്നത് തന്നെയാണ് വലൈക്കും ഈ പന്ന് വളരെ ഗൗരവമേറിയ ഫെന്നാണ് ലാസിം കൊണ്ട് തിരിഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് മതിയാക്കാൻ പറ്റൂല അതുകൊണ്ട് കൊണ്ട് മതിയാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ആവർത്തക സ്വഭാവം കാണുന്നത് മീനൽ ഹവാദിസ് എന്നുള്ളത് ഹാദിസാണ് ഹാദിഫിന്റെ മാനന്ദ ബഹുവൽ മൗജൂദും അഡമിന് ശേഷം മോജൂദാദിദാണ് ഹാദീസ് എന്ന പേര് അപ്പൊ പത്സവക്കാലിക്കറ്റില്ല അതേതാണ് ഈ ഹവാദിസ് ജവാഹിറും ആറാദും അത് നമ്മൾ പണ്ടേ പറഞ്ഞുതന്നെ ആകെ ഹാദീസ് ഉണ്ടാക്കിയാൽ ജവഹറും ഒമ്പത് ആറാദുകളും ഒമ്പതിൽപ്പെട്ട പല ഇനങ്ങളുമുണ്ട് അപ്പൊ അതിനോട് ഒന്നിനോടും ഒന്നാമത്തെ ദുല്യതയില്ല ഇനി ഷറഹിബ് പറഞ്ഞിട്ടുണ്ട് ഈ ജൌഹറും ജിസ്മും തമ്മിലെന്താ വ്യത്യാസം ജൌഹറിനാക്കാൻ അഹസാണ് ജിസ്മെന്നുള്ളത് ജൌഹർ എന്താ പറയുമതി ജിസ്മാകണമെങ്കിൽ ഒന്നിലധികം സാധനം കൂടിച്ചേരണം ഇത് നീളം വണ്ണം വീതി എന്തെല്ലോ ഉണ്ടാവും മൂന്നാം അതുണ്ടാവും ജൌഹറാകാൻ അത് കാണുന്നില്ല ആശമായാലും മതി അതാണ് ഹുവാ ജി എന്നുള്ളത് അഹസ് ജവഹറിനേക്കാണ് അഹസ്സാണ് അപ്പൊ ജൗഹറല്ല ജിസ്മല്ല എന്ന് പറഞ്ഞാൽ ആമിന്റെ മേലെ ഹാസിനകത്ത് ഫിരി ജിസ്മ ഹാസുംബ് കൊണ്ട് ഹാസാണ് ജിസ്മു എന്നുള്ള പേര് ഒന്നിലധികം സാധനം വേണം കൊണ്ടും സാധിക്കാകും മുറക്കപാക്കാത്ത ഏകമായ ഒറ്റന്നുണ്ടല്ലോ യുനി യുനിയല്ലേന്ന് പറി മറ്റേ യുനി രണ്ടിനും പറയാം ജവഹർ അപ്പൊ എല്ലാ ജിസ്മും ജൌഹറാണെന്ന് പറയാം ജിസ്മെല്ലാം ജൌഹറെല്ലാം ജിസ്മാക്കൊള്ളണമെന്നില്ല പൊറുതുവാകാലാണ് പിന്നെ ബിൽ കിബറി എന്ന് പറഞ്ഞു കിബർ എന്ന് പറഞ്ഞാൽ ഹിസിയായ കിബറാണ് ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സിയാ കിബർ രണ്ട് സാധനം വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കിന്റെ അതിസായിക്കാണ് ഇതിന്റെ അധിസാക്കൾക്ക് അളവധിക ഉണ്ട് എന്താ വലിപ്പം കൂടിയെന്ന് പറഞ്ഞു അത് ഹിസിയാണ് വാമൽ കീബറിൽ മാനവീയായ കിബറുണ്ട് മാനവീയ കിബർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ പ്രത്യേകമായ ഔന്നിത്യവും മഹത്വം ഉള്ള കൊണ്ട് എന്നാണോ വിമാന ഇളമി فهو منه صافه على الله تعالى لأوصافه البتراني بانس قال الله تعالى فالحكم الله العلي الكبير اللي. اللي الله تعالى لأنه كبير وصفرنا تقول الله وصفر تعالى لأنه كبير آيدي ليه وَلَا بِالْفَوْقِيَةِ فَوْقِيَةِ وَنَّمْ وَصْفَرِيُ لَانَنَا عَذِي فِي السيءَ وَدَيْشِي كِنَّ وَيَعَلَى يَعَلَى تَعَلِكَمْ هِلْبُرْنَا يَلَا فَوْقُونَ دَيْشِ كِنَّنَ <تصفيق> അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ കാഹിറാണ് വേറെത്തിനെയും പൊടിച്ചറക്കിയവനാണ് അവൻ നിബാദിന്റെ മേലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലെ തർക്കത്തിനല്ല എല്ലാത്തിനും പരമാധികാരം ഓൻ്റെ കയ്യിലുണ്ട് എല്ലാ സാധനവും കീഴ്പെട്ടാണ് കഴിഞ്ഞുകൂടുന്നത് ഇത് വൽ ഹാസ് ചുരുക്കത്തിൽ പറയാം അന്ന മറ്റൊക്കെ അള്ളാഹു ജിഹത്തിനെ എത്തിക്കാതെ ചെയ്ത ഒരാള് എന്നാൽ തീ തീലും അത് തഫ്സീൽ പറയാനുണ്ട് തെറ്റുണ്ടോ ശരിയുണ്ടോ സൗഖി ആ ജിഹത്താണോ ഇസ്ബാത്താക്കിയത് അത് ഉന്നതി നല്ലതാക്കാൻ പറ്റും വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാകൂലി ഇവൻ ഏറ്റുക്കാതെ ആ തഫ്സീൽ ഉണ്ട് പറഞ്ഞു അന്റെ തഫ്സീൽ ഇവൻ ഏറ്റുക്കാതെ ചെയ്ത ജിഹത്ത് സൊഫിലാണെങ്കിൽ ഇവൻ ഏറ്റിക്കാത് ചെയ്ത് ജിഹത്താണെങ്കിൽ ജിഹത്തീ താഴ്ഭാഗത്തേക്കാണ് ഏറ്റുക്കാത് ഒരു അവൻ ഏറ്റിക്കാതിൽ ഒരു താക്കല് വന്നിട്ടുണ്ട് ഒരു തരം താക്കല് വന്നിട്ടുണ്ട് താഴോട്ടുള്ളതല്ലാത്തത് ജിഹാദ് ആക്കിയാലോ ഫുൾ അത് ജഹിലാന്ന് ബലവാത്തെല്ലാം പറഞ്ഞാലി വലക്കുറു അവിടെ കാപ്പുറാകൂല ഇല്ലാ ഭേത്തിൽ ഈ വലത്തോ അഴത്തോ അല്ലെ മേലെയോരൂലേറ്റ് കാത്ത് ചെയ്തു വന്നെങ്കിലല്ലാണ്ട് കുപ്പർ വിരൂല അതാണ് നമുക്ക് വിചാരിച്ച പറഞ്ഞ അറിയിച്ചില്ലേ അന്നാ അത് മോളിൽ ആകാശമല്ലാന്ന് പറഞ്ഞപ്പം വിസൺസൊന്നും ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞെന്താന്ന് അത് ഉന്നതിയിലേക്ക് ചേർത്തപ്പോ ഉന്നതി മാനവീയ ഉന്നതിക്ക് അർത്ഥം കൊടുക്കാമല്ല അത് മനാദിയാ പ്രോധാർത്ഥ്യം അതേ സ്ഥലത്തിൽ ആ ഉന്നതിയിലാടി ഇരിക്കുന്നുണ്ട് ആ ഹുരൂരുണ്ട് എന്നുള്ള നിനക്കാണ് ഈ പറ്റി ചെയ്തത് അപ്പൊ ഹുരൂർ വേണ്ട ഊറാബിൽ നം കിന ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇറങ്ങലുകൊണ്ടും വിസ്ഫോറിയൂലാണ് എന്നാ പിന്നെ ചില അതീശുകളിലുണ്ടല്ലോ അങ്ങനെ ഊഹി അർത്ഥം വരുന്ന ചില അതീസുകൾ നോക്കണോ ഐ വമാവറതം ഈ ഹൊലിനെ ഈഹാവ് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന ചില ഹരീഥുകൾ വന്നിട്ടുണ്ട് അത് അതിൽ തകവീലോട് കൽവാജിബാണ് അതീസിലുണ്ട് മാവസ്യനിന്നി കൽ എന്ന ഹദീത് ഉണ്ട് എന്റെ ഭൂമിയും എന്നെ ഉൾക്കൊണ്ടിട്ടില്ല ആകാശവും ഉൾക്കൊണ്ടിട്ടില്ല അപ്പൊ ആകാശം ഭൂമിയിൽ നിന്നിരിക്കാൻ ജാഗ്രതയിട്ടില്ല എന്നാണ് അതിൽ സൽമതി അറിയിച്ചു ായ എന്റെ അബിദിന്റെ കൽബാണ് എന്നെ ഉൾക്കൊണ്ടത് എന്ന് പറയുമ്പോ കൽബി തോന്നിക്ക മറ്റൊന്ന് മതിയാവിച്ചു അല്ലേ ആ മറ്റേ ഒരു ഹദീസ് എങ്ങനെ കൽബീനോട് പറയും ഹദീ തീ മറ്റൊരു ഹദീത്തിലുണ്ട് അൽ കൽബ് ബൈത്തൂർ ബി എന്നുകൊണ്ട് ഏകദേശം ഇതിനോട് തുല്യമായിട്ടുണ്ട് അല്ലേ وقال له انه بن تفسير ودكله ان تقولا ني बरेला قوله حديث البرد وينما وسعني انه சொன்னা وسع حيبتي ورحمهتي എന്ന അർത്ഥത്തിലാണ് എന്നേന്നോർഞ്ഞാൽ എൻ്റെ ഹൈബത്തിനെയും എൻ്റെ മാരിഫത്തിനെയും എൻ്റെ റഹ്മത്തിനെ എല്ലാം ഉൾക്കൊണ്ടതു മുഅ്മിനിൻ്റെ ഹൃദയത്തിനാണ് ആവാസ് മുമികുൻ മാരിഫത്ത് വെക്കാൻ കഴിയൂലാ അഫതിനാ അൽ കമ്പ് വൈത്തുർ റബ്ബു എന്ന് പറഞ്ഞാലോ അത് അള്ളാഹുബിന്റെ തജല്ലിയുടെയും റഹ്മത്തിന്റെയും ഒരു മഹല്ലാണ് അതാണ് അവിടെ പതിയുന്നത് എന്തുകൊണ്ട് അൽ ഇൻസാനിയ മനുഷ്യ വിഭാഗം എന്നവന് മഹിത്തു അവാമി ലാഹി തല അള്ളാഹു അവാമിരുകൾ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ ഓരോടാണല്ലോ ഇന്നത് ചെയ്യുക എന്ന് പറയുന്നത് അതോടെ ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നത് അവനെ അറിയേണ്ടു ഇരുവൽ മുതഹമ്മിലുൽ അമാനതി അൽ അമാന എന്ന് പറഞ്ഞാൽ ഇന്ന അർമദുൽ അമാനത അലസ് സമവാതി വൽ അർദി എന്ന് പറഞ്ഞ ഒരു അമാനത്തുണ്ട് ഈ അമാനത്തിനെ ഏറ്റെടുത്തത് ആരാ പാതിശാനാണല്ലോ അൽലതി എന്നെയുള്ള അമാനത്ത് ഇരമത്തെ അലസ് സമവാതി വൽ അർദിന്റെ മേലി നി അവരെ ഏൽപ്പിച്ചു പാബൈന യഹ്മില്ലാ അറു വഹിക്കൽ നടട്ടെ അവർ വലഞ്ഞിരുന്നു നമുക്ക് സാധിക്കൂല ിൽ ഏൽപ്പിച്ചല്ലാതെ പറഞ്ഞിട്ട് പ്രേടിക്കുകയും ചെയ്തു ഈ അമാനത്താണ് ആര് ഏറ്റെടുത്തത് മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് ഈ പ്രത്യേകമായ ബന്ധം കണ്ടെത്താൻ അള്ളാന്റെ റഹമത്വമായിട്ടും അവന്റെ മാലിപ്പത്വമായിട്ടും ബന്ധമുണ്ട് എന്നർത്ഥത്തിനാണ് എന്റെ അർത്ഥം കൊണ്ടും എന്നാ പിന്നൊരു അഗീശ്വര ഉണ്ടല്ലോ ഇത്തിസാലുണ്ട് നോക്കാം സൂചിപ്പിക്കുന്ന ചില അറിയറ്റുകൾ മുഹവ്വരും അതിന് വേദി കൊടുത്തുകൊള്ളണം ഉദാഹരണത്തിന് അറിയറ്റിലുണ്ട് എന്റെ അബിത് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ അടുത്ത് അടുത്ത് അടുത്ത് അടുത്ത് വന്നിട്ട് വയ്യ തലക്കെന്തായി കയ്യാൻ കണ്ണും നോക്കുമല്ലായി മാറി അതിങ്ങനെ വന്നു തുടങ്ങിയതാണ് അടുത്ത് വന്നിട്ട് ബയ്യ മാറി ഇത് സ്ഥല ഇല്ലേ എന്തോ അത്തരത്താ ഒന്നെ മഹബത്ത് വെക്കുന്നവരെ അടുത്ത് മഹബത്തങ്ങ് വെച്ചാൽ പിന്നെ പോലെ മാറി കുന്തു ഞാനായി അപ്പൊ അബുദിയിലുള്ള ഞാനായുക ഒരു ജുസുകാരായി മാറി അള്ളാഹ് മാറി എന്നല്ലേ വന്നോ കേന്ദ്ര وانا قننن يعني وانا ركضا قارن يعني ولكم قيم يعني ونالك وطعليل هو ذي تغبيل ودكرنام إن ذلك إناية أذي وذي كناية, كناية تعالى وعلى الله ربك يوغمان ونرى فتح عنف الله محبة الله الله من محبة هذا سعادين جلتيري كنه على الشخصين هذا الشخصين جميلين إنه وانا قيمة അള്ളാഹന് വെച്ച പ്രകാരം അല്ലാതെ ഒന്നും ചെയ്യൂല കാല്ലാത്ത കേക്കൂല കണ്ണുകൊണ്ട് അള്ളാഹുന്റെ ഗുറ്റത്തിനല്ലാതെ ചെലവാക്കൂല എന്നാർത്ഥത്തിനെ മുഴുവൻ എനിക്കോണ്ട് വിഞ്ഞിരിക്കണം എത്ര മഹബത്ത് അവനെ ചോദാക്കി കളഞ്ഞു കനിയാക്കി ബാഹു അള്ളാഹല്ലാത്ത ബാധാകല്ലിരിക്കുന്നു അന്ന ഇതെ لو كان مماثل لله مله دليل واقعا ترتيبாயه പരിയണിക്കോണം ദليلണ്ടായി ശറഉൻ ഫിദ് ദലീലി അലൽ മുഖാലഫതി മുഖാലഫതിൻ ദലീൽ മുപ്ര അറബിക്കുന്ന അങ്ങോട്ട് തിരുന്ന് ഇനി عالم മതിനി അൽ ആലമ നമുക്ക് ആലം ഉണ്ടല്ലോ ഈ ലോകം ഈ ലോകം ഉണ്ടല്ലോ നമുക്ക് വെっடை തോന്നു പക്ഷെ അല്ലാഹു അലമത്തിലേക്ക് ചേർതായി ദോഹി ശൈഉ അല്ലാ നെ അണ്ടോ എന്ന് പറയില്ലണ്ടല്ല തോന്നേന്ന് പറഞ്ഞില്ലേ അതിന്റെ കാഴ്ചയിൽ ഇന്നത്തെ അവസ്ഥയിൽ അത് വണ്ണമായി നമുക്ക് വലുതായി തോന്നിയാലും ചേർത്താൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പൊ அல்லாஹ்வின் ஸ்தானம் வேற இந்த சால்வேரிய அப்ப பக்கை பய கூருல் அலியல் தமீருல் கதீமுல் கதீரா யா அல்லாஹ் சுபஹானஹு வ தஆலா என்னயாகம் ஹாலன் ஈ பூமிரத ரரதல் ஹம் ஆ முத்ததலா அலிதரோ டிசாலாயவன் ஆ உம் ஃபுஸிலன் அலி முபதனாயவன் எல்லेंगे முஸ்தகிரன் எல்லेंगे ஏதோ ஒரு தர்து வந்து ஒரு கட்டைய மீச்சங்க இங்க இருக்காரு மீ எல்லங்க என்ன சாம்போவிக்கோ أولا جهت إليكي لرجهت فوقوطا يتو يمين وعشي مالا ورغت لهذا الشيء الحقير إلي سالما يحقير على إيه شيء إليكي لبعض الطابل إنكتا حقير الحادث الفقير يلا ملكم الله ذاكو لعب الشماء فقيرا ميلا وضع استقعان دو حادث وضع دو كذيما وضع دوة ربالك إيه كذيما وضعنا إيه كذيما وضعنا إيه كذيما وضعنا സിയാതത്വം തി അത് മുഹാരപത്തുണ്ട് എന്ന് മനസ്സിലാക്കി തരാനും ഇപ്പോൾ ഒന്നും കൂടി ഒരേലുട്ടിട്ട് പറഞ്ഞത് അഞ്ചാമത്തേത് അതോടുകൂടി അങ്ങ് തീർന്നു അല്ലെ വഹദാനിയാണ് വഹദാനിയെന്നുള്ളത് ഇബാറത്തുന്നൻ സെൽവിൽ നിങ്ങളല്ലേ സെൽബിയ സിഫത്താണെങ്കിൽ അടമ കൂട്ടണല്ലോ കസത്ത് അല്ലേ രാം സിപാത്തിലും അഫാനിലും കസത്തുണ്ടാവാൻ പാടില്ല എന്നാണ് അതേ അപ്പോ കസത്തിന്ന് പറയുമ്പോ കൊറേ അധികം എന്ന് തോന്നും അവിടെ കസത്തുണ്ട് മുറാതെ ഒന്നിലധികം എന്നതെല്ലാം കസറത്തായി കണക്കാക്കുന്നതാണ് വെറും രണ്ടെണ്ണായി എന്നാലും പറയാതെ കസടത്തില്ലല്ല പക്ഷെ കസത്തുണ്ട് മുറാൻ അതല്ല ആയി അതാണ് ആ കസത്തിൽ നിന്നും തെളിവ് കൊടുക്കുകയാണ് അതിനെ കൊടുക്കുന്നുല്ലേ കത്തറത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളം ഇല്ലായ്മയെ കൊണ്ടു അപ്പോ രണ്ടേ ധാരാളമല്ലേ അങ്ങനെയല്ല അത് മുൻ വിശ്വനീയത്തിൽ വിശ്വനീനീയത്തൊന്നും കയ്യോ ഒന്നിലധികം ഉണ്ടാവലെന്നില്ല കത്തത്തിലാണ് അപ്പൊ കത്തുറത്തിന്റെ ആ ആ ഭാഷായം ആനയുടെ മുറാതില്ലാതെ രാത്രി അപ്പൊ എത്രണ്ണത്തിൽ രാത്രി സിഫാത്രി മൂന്നെണ്ണത്തിൽ ഇതല്ലേ أي دات في ذاته ذات الأنوات في الذاتين أليف رامندنا ملاصل إليه تلتبال لام هذا نقول في ذاته نمبر ديسيوة اتصالا منفصالا منتصلاء كنم قطرتب على الله منتصلاء كنم قطرتب على الله نمتصلاء قطرتب على الله هذا فوهدانيت الذاتي ذاتر الله وهدانيته من الله دام فيه هذا إلاعي مجيّم അന്മുത്ത അള്ളാഹ്നെ തൊട്ടിട്ട് അൽ കമ്മൽ മൊത്തത്തിലായ കമ്മി മൊത്തത്തിലായ കമ്മെന്ന് പറഞ്ഞാൽ ഈ നാട്ടു വിവിധങ്ങളായ സാധനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായ ഒരച്ചയാണ് ഈ കഞ്ഞി നോക്ക് അല്ലെങ്കിൽ ചായ നോക്ക് ചായ ഇപ്പോൾ ഒരു കാക്കാം പക്ഷെ അതിന് മൊത്തത്തിലായ ഉണ്ട് ഉണ്ട് എന്താ മൊത്തത്തിലായ കമ്മി നിശ്ചിത അളവിലുള്ള വെള്ളവും നിശ്ചിത പൊടിയും പഞ്ചസാരയും പാറും നാല് ഘടകങ്ങൾ നിശ്ചിത അളവിൽ ചേർത്തിട്ടുണ്ടാക്കിയ ഒരച്ചയാണ് ഇതുപോലെ അള്ളാഹുത്താലും വിവിധങ്ങളായ വസ്തുക്കൾ കൂടി ചേർന്നിട്ട് തർക്കി ഭാഗ്യാധനമല്ല എന്നാണ് ഇത് മുത്തത്തിലായ തമ്മി ഇല്ല എന്ന് പറയുന്നത് അർത്ഥം മുമ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മാതിരിയുള്ള മറ്റൊരു പുറമേ കാണുന്നില്ല അത് മുമ്പത്തിന് രണ്ടിനും അപ്പൊ അടവിനെ ലഫീ ചെയ്യും കമ്പ കമ്മി ആയാൻപോ കമ്മുമാണ് അരടാ ഓരോന്നും പറഞ്ഞാൽ എന്താ ചെയ്യും മുത്ത ആ റാത്തിയിലുള്ള അലത് മുത്തത്തിലായ അലതായാലും കൊള്ളാം മുമ്പത്തിലായ അലതും കൊള്ളാം അത് ഞാൻ ചെയ്യും ഏത് വരാണിയത് ആ തർക്കി പാത്രീലുള്ള തർക്കീബ് നബി ചെയ്യും ഏതാണിത് മുത്താത്ത മറ്റൊരു ദാത്ത ഉണ്ടാവില്ലേ ചെയ്യും അത് എത്തി നോക്കി മുമ്പത്തിൽ അന്നഹോ താല ലൈസത്ത് മുറക്കപത്രം അജിസാ ആകടാ ഏ വിവിധങ്ങളായ അജിസുകളെ കൊണ്ട് മുറക്കപറക്കപ്പെട്ട ഒരു നാത്ത അല്ലാതെ എങ്ങത്തതാ അജിസാക്കൾ മുട്ടസിലും ബാധുഹാഭിമാൻ ഇതിന് അജിസാക്കൾ പരസ്പരം ഇങ്ങനെ മന്ദിച്ചു കിടക്കുന്നുണ്ട് ഒരു ബുളട് തോക്കടാ ബുഡ് തോക്കിയാൽ ഒരു കുല്ലാന്നത് അതിന് പല ഭാഗങ്ങളും കൂടി ചേർന്നിട്ട് എല്ലാം കൂടെ പരസ്പരം ഘടിപ്പിച്ചു നിന്നുകൊണ്ടിട്ട് ഒറ്റയായി മാറലായിരുന്നു അപ്പൊ അത് എടുത്തേക്ക് നോക്കിയിട്ട് ദാസിലുള്ള മുത്തസിലായ കമ്മിനെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് വയല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ വയലന്താ സാധനം ഷർത്തിയായ കതിയന്റെ മുഖത്തം അതിന്റെ ഉള്ളിലുണ്ട് ഇനി പകന്നെ പറഞ്ഞുകൊടുക്കാൻ കൊണ്ടുപോയില്ല ലഖാന മുമ്മിൽ ഹവാദിസി ഹവാദിത്തിനോട് മുമ്മത്തിലായി പോകും എന്നതാണ് അതിന്റെ താലി എങ്ങനെ എന്താ മുമലത്തിന്റെ ബതികർക്കീബ് തർക്കീബിന്റെ ഭാഗത്തിൽ കൂടി അവാദത്തിന്റെ തർക്കീബുണ്ട് ആ തർക്കീബ് വന്നിരുന്നു നീ നേ തർക്കീബ് നബീജയുടെ കൂട്ടത്തിൽ തർക്കീബ് പറണ്ടില്ല അതേപറഞ്ഞി വന്നത് വൃത്തനെ കൊള്ള ആവശ്യമായിട്ട് വരും കാർ വന്നു എഫ്റ്റുകാർ വന്നോഹുഹാലു ഇതാണ് ഏത് മുത്തസിലായ കമ്പനിയാക്കി നോക്കി പറഞ്ഞത് ഞാനെ وليس له نظير بذاته الله ذاته الطلعه ما اتخذ ذاته قربه الا اذ رمزنا كم بينه شيء او صفاته العليه نور قال ابو عدم المثنيه اتي ابدي مثنيه عدم اكله بتقول قدرته ربنا لا عالم ان النبي يجيل الا اثنينيه ان دي صفات العليه الله له الع صفات ജോലിക്ക് അല്ലാതെ സിഫാത്തല നടക്കിലോ സിഫാദന ഒരു ഇനത്തിൽപ്പെട്ട സിഫാ തൊന്നേ ഉണ്ടാവുള്ളൂത്തണ്ട് എന്റെ സമരണ്ട് അത് വിവിധങ്ങളായ സിഫാത്തല്ലേ ഉള്ളത് ഓരോ സിഫത്ത് ഒന്നേ ഉള്ളൂ അത് ഇഫ്സാല അത് ഇംഫിസാല ഇഫ്തിസാലേത് സിഫാത്തിലുള്ള മുത്തസിലായ കമ്മും പോയി ഇംഫിസാലും മുമ്പസിലായ കമ്മും പോയി അപ്പോ ഒരേ സിഫാത്തിൽ ഒന്നിലേക്ക് ഉണ്ടാവൂല അള്ളാന സിഫാത്ത് പോലോത്തൊരു സിഫാത്ത് വേറായിരിക്കെങ്കിലും ഉണ്ടാവുക എന്നതാണ് മുൻഫത്തിലായകം അതുണ്ടാവില്ല ആ ഇറാൻ അതിലൊന്നും നാത്തിനെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ അള്ളാനത്തോട് ലഫി ചെയ്യും അൽ കമ്മൽ മുത്തത്തില സിഫാത്തിലുള്ള മുത്തസിലായ കമ്മിനെ വൽ മുംഫത്തില സിഫാത് ഫിഹ സിഫാത്തിലുള്ള മുംഫസിലായ കമ്മിനെ ലഫി ചെയ്യും കമ്മൾ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ അനതാണ് അതതാ അരതിനെ ചെയ്യും ഈ ഹസൈക്കത്തിൽ കുല്ലി വായു സിഫാത്തിൽപ്പെട്ട ഓരോന്നിന്റെ ഹീക്കത്തിലിതങ്ങളായ സിഫാത്ത് കുറെ ഉണ്ടാവുന്നതിന് വിയോധമില്ല ഒരു സിഫാത്ത് എടുത്താൽ ആ ഒരു സിഫാത്തിന്റെ അതീകത്തിൽ ഒന്നും നിലതി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് മുത്തത്തിലായ അരതും ഇത് അല്ലാന്നദാത്തിൽ ഒരു കുതിരച്ച് അതേ കുതിരത്ത് പലതരത്തിൽ അങ്ങനെയല്ല മുത്തസിഡന്റാണ് അത് മുപ്പസിഡന്റ് അല്ലെങ്കിൽ അമ്മാന്റെ കുതിരത്ത് പോരാത്തൊരു കുതിരത്ത് വേറെ കാണുക ഇഷ്ട ആയി ഒന്നുകൂടി അന്നഹു കാലു അലത്ത് ലഹു ഹയാത്തു അയാത്ത് വായുധത്തു ഒറ്റ ഹയാത്ത് വയൽ മുംവായുധൻ ഒറ്റയിൽ നിന്ന് ഇതെന്തിലേക്ക് ചേർത്തിട്ടാൽ സിപാത്തിലുള്ള മുത്തസിലായ അമ്മിനെ പറ്റിയാ പറയുന്നു മഹാകഥ അങ്ങനെക്കോ ഒറ്റ കുതിരത്ത് ഒറ്റ ഇറാദത്ത് ഒറ്റ സമ്മേ ഒറ്റ അങ്ങനെ പോട്ടെ ലാസല ഒന്നിലധികം ഉണ്ടാവൂല ഇത് സിഫാത്തിലുടെ മുത്തശ്ശലായ കമ്മിന്റെ വയാനാ പറഞ്ഞത് വലൈസമ്മ ഇനി മറ്റൊരിടത്തില്ല മൈഫം ഇലാഹിൻ്റെ ആവശ്യമായ സിഫാത്ത് കൊണ്ടും മുത്തസിഫായും വേറെ ഇല്ലാന്ന് പറഞ്ഞാൽ സിഫാത്തിലുടെ മുമ്പത്തലായ അമ്മ പറഞ്ഞത് سبحه تعالى نب وحدانيه في الفعل فيل لوحدانيهต पणले बरजद अवडियम अदमुनि सिनीयतेय कोंड कतरत नल्ला दाराम नल्ला मान मुराद इल्ला यानी انه تعالى متصفا بم وحدانيه الفعال افعال لوحدانيهต कोंड अल्लाह ताला मुतसिफान एन अर्थम नकरा अप फलायसा सम मल्लाहू फील मिनल अफअली ോ അവിടെ ഇല്ല സിവാഹു അള്ളാഹു അപ്പെന്തോ സിഫാത്തിലുള്ള മുൻഫസിലായ കമ്മേബ് ലഫീ ചെയ്തിട്ടുള്ളൂ എന്നായി അദ്ദേഹം നോക്കുകയാണ് ഒറ്റ ഫെയിലേ ഉള്ളൂന്ന് അറിയില്ലല്ല ഇത് കാരണം സിവാഹു ആജിസുൻ ഫെയിലെന്ന് പറഞ്ഞ തീർച്ചയറുമല്ല അറിയിക്കൂന്നാണ് ഇങ്ങനെയൊക്കെ ഫെയിലേ എന്ന് പറയാൻ പാടുള്ളൂ ചേരു എന്നുള്ളത് ഈ അനക്കുന്ന അടങ്ങലിൽ ഇത് ഈ അടുക്കളും വളർത്തലും നല്ല പേര് ചേരു എന്നുള്ള തെഴുസീലുണ്ടാകണം അപ്പൊ തഹ്സീർ എന്ന മേലാക്കുള്ള ഫേലായിരിക്കില്ല അല്ല വല്ലാത്ത വസ്തു ഒന്നുമില്ല ആരികീരല്ല ഒരറ്റ ശൈലം തെഴുസിയിലില്ല അടുത്തില്ലേ നോക്കി വഹദാനിയത് വഹ്ഡാനിയത് എന്ന് പറഞ്ഞത് ഇവിടുണ്ട് എന്താ ഒരു അലിപ്പുണ്ട് നൂനുണ്ട് ഒരു നിസ്ബത്തിന്റെ ജാളുണ്ട് എന്നൊക്കെ വേണ്ടി കാണാം ശരിക്കും പറഞ്ഞാൽ വാഹിര് എന്നുള്ളതാണല്ലോ ആസിൽ ഫേല് വാവും ഹാവും ധാരുള്ളൂ ആ അല്ല ഒരു നിസ്ബത്തിൽ എന്ന് പറഞ്ഞ മക്കീയത്വൻ എന്ന് പറയും പോലെ നിസ്ബത്തിന്റെ ജാതാണ് മക്കീയ മദനീയാണ് താങ്ങെന്താണ് അത് ഏകവചനം സൂചിപ്പിക്കാനാണ് പിന്നെ അലിഫുന്നൂനും കണ്ടില്ലേ അങ്ങനെയാണെങ്കിൽ വഹദീയത്ത് എന്ന് പറഞ്ഞാൽ പോലെ അലിഫുന്നൂനെന്തിനാ അത് മുബാലകത്തിന്റെ ഓടിച്ചാണ് അപ്പൊ പരമാവധി വഹദാനിയത്ത് കാണിക്കും അങ്ങേയറ്റത്തെ പരമാവധി വഹദാനീയത്ത് പിന്നെ ീയൻ എന്ന് പറഞ്ഞാൽ വാഹാദി അതരുക വേണ്ട ആവശ്യമില്ല കാർ ഉഖിന്ന് ആദ്യം മതീ പറഞ്ഞിട്ടില്ലല്ല പിന്നെ വാഹാദി ഹിസ്വോ ഈ വഹദാനീയത്ത് എന്റെ സിഫത് ഉണ്ടല്ലോ ഇത് വളരെയധികം പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കേണ്ട വിജയമാണെന്നാ പറയുന്നു കാരണം തൗഹിദീനെ മാതാകം മുഴുവൻ കിടക്കുന്ന അവിടെയാണ് എന്താ أهم الصفات الله لصفات الوالجهي برادر نمو للادان ولدا إذن حكيتان سمي علم التوحيد علم التوحيد نمتك فيرن نور كفتو بها وحدانيت نجي علم التوحيد نجي لبيرند الله أفيرند ولم يكفر دي ضدها وحدانيت نجي ضدك عندك أفرائت إلا بعد لنسي منشا ماربتك أرشان الله عندي വഹാനിയത്തിന് എപ്പി ചെയ്തിട്ട് കാപ്പുറാരുണ്ടല്ലോ അത് മനുഷ്യന്മാരെല്ലാം കാപ്പുറായിട്ടില്ല അല്ലാതെ ഓഫീസറുകൊണ്ട് നമ്മളുണ്ടല്ലോ മനുഷ്യന്മാരിൽപ്പെട്ട ചിലരിൽ വാമൽ ജിന്നു ജിന്നു മുഴുവനുമോ വഹാനിയത്തിനെതിരായിക്കൊണ്ട് കൂക്കുറില്ലായിരുന്നു എല്ലാവരും ഉപഹനീകളെ കൊണ്ടുപോയി വേറെന്തെല്ലോ പ്രശ്നങ്ങളാണ് കൂക്കുറുമ്മത്തിനെ ില്ല സുബാന അള്ളാഹു താലാക്ക് എത്തിക്കാതെ ഓർക്കില്ല അപ്പൊ ജിന്നം മുഴുവനും വജാനിയത്തിന്റെ എതിരായിക്കൊണ്ട് ആ സിഫാത്തിൽ കട്ടുന്ന രീതിയിലുള്ള ചുർക്കൂർക്ക് വന്നിട്ടില്ല കുപ്പുറും വേറെന്തെല്ലോ കാണുന്നാലുണ്ടാവാറും ജിന്നുകളിൽ നിന്നുള്ള കാഫിർഷുർക്ക് ഈ ശുഷല്ലാത്ത വേറെന്തെല്ലോ കാണങ്ങളാലാണ് കുപ്പുറു വന്നത് മനുഷ്യന്മാർക്ക് നൂഫറിന് കാരണം പലതാണോ വൈദാന്യത്തിന്റെ എതിരായിട്ടും പരത്തണ്ട് ചെലസിപ്പാത് നഫി ചെയ്തിട്ടും പരത്തേണ്ടത് വരുന്നുകൊണ്ടും വരല്ലോ ഇങ്ങനെ നൂഫർ വയനുകൊടുത്തിട്ടുണ്ട് അതെന്തിനാ ഒന്നിലധികം ഉണ്ടാവൽ എന്നത് എന്നതാണ് ഇവിടെ മുറാത് എന്നല്ലാണ്ട് കത്തിടത്ത് എന്ന് പറഞ്ഞ ധാരാളം എന്നർത്ഥത്തിനുള്ള കത്തിടത്ത് ഇവിടെ മുറാതാക്കാൻ പറ്റില്ല ശരി പറയാലാ രണ്ടുണ്ടേ ഞാൻ കത്തിടത്തില്ലല്ല കസരത്തില്ല ഞാൻ പിന്നെ തോഹയില്ലേ അങ്ങനെയല്ല മുറാദു എന്ന് പറഞ്ഞ വാക്കുണ്ട മുറാദ് ഉദ്ദേശം അങ്ങനെ ചോദിക്കുന്ന പിന്നെ രണ്ട് മൂന്ന് നാലു വേണ്ടി കൂടെ രണ്ടല്ലേ മിനിമം ഒന്ന് വിറ്റാ അടുത്ത മിനിമം ഒന്ന് രണ്ടല്ലേ അപ്പൊ മിനിമം സംഖ്യന്റെ فاستمر جواب أبو وقت صبا على اللي دناني يتي ثناني يتي نموى فرم بغيقنا لأنها مبودة التعادذي تعادذي نتواركا ورنان اللي ونهو تعلن جواب أبو إنا مونونا على الجنة ورنانا نقلنا أبو إنا النهو توله إنا مونو تمبتولا مونو بتوله إنا على تمبتولا إنا فتن في التركيب تركيبنا نفي شيء من أولاداتي أي رادئ للمتسلقان عندما رقم أفرسلي وقالوا هو بدور ذات النكران للراجع بالمنفصل لك اشارهتان ان اللفظ نشر مرتب نوعا هذا متصل بيا بعده منفصل بيا ان متصلين بيا بعده بيا وبين منفصلين بيا وليس ثم ملهو فعل فعل لو رتن غير الا قلنا هذا هو الكم المنفصل في الافعال افعال المنفصله كم ما نبد نفي يجده الا وعمل المتصرفيه افعال المتصلايه കമ്മ ഫസാബിസുൻ അതി രീ ചെയ്യാൻ പാടില്ലാത്തതാണ് സുബൂതുള്ളതാണ് ലാ യുംഫ അതി രീ ചെയ്യാൻ ബതുല എന്തുകൊണ്ടെന്നാൽ അൻ അഫാലഹു കസീറത്തുൻ അല്ലാഹു തആലക്ക് ദാരോ മഫാലുണ്ട് ഷഹീവ യുമീതു കണ്ടോ ഉഴജ് മജ്ദില്ലോ കതമീതങ്ങായവരവരകളില്ലേ അല അസ്ബി ഷുഊരിഹി ഫീ ഖൽഖിഹി എന്ന പടപ്പുകളിൽ അവൻ ചെയ്യേ ചെയ്യുവാനുള്ള ശുഊഹുകളുണ്ടല്ലോ ആ അതനുസരിച്ചിട്ട് വഹാദാ ഈ പറഞ്ഞത് അതാത് അഫാലിലുള്ള മുത്തച്ഛലായ കമ്മിനെ തീ ചെയ്യണ്ടെന്നല്ലേ പറയുന്നത് അത് അല മുഖല്ല അഷരീമാവിന്റെ മുഖ്താർ അനുസരിച്ചാണ് പറഞ്ഞു പോകുന്നത് മാതൃരീതി അനുസരിച്ച് ആറ് കമ്മിലാക്കണം അഫ്ലാലിലും മുത്തച്ഛലായ കമ്മി ഇല്ലാന്ന് പറഞ്ഞ രീതി ഒന്നാണ് ണ്ടല്ലോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ദൈതണ്ട് ആ ദൈതനെ മരിപ്പിക്കുന്നുണ്ട് ആദിത്വത്താണ് അത് ആദിത്വ പോയത് കലാംപ്രകാരമാണെങ്കിലോ അങ്ങനെ വരുമ്പോൾ ഒരു സിഫത്തിൻ വാഹകത്തെയും ഒറ്റസിഫത്തിലേക്ക് മടങ്ങും എട്ട് ഒറ്റ സിഫത്ത് ടക്ക് എന്ന ഒരു സിഫത്ത് അങ്ങനെ വരുമ്പോൾ അതിനെ പറയി പോയിട്ടുണ്ട് അങ്ങനെ വച്ചാൽ ആ അർത്ഥം ആകെ കാട് കേറിയിട്ടുണ്ടാവും പൽ കമാൽ എന്ന് പറഞ്ഞ എന്താ കമാൽ ലഫീജ് പോകുന്നല്ലേ പൽ കമ്മനി മംഫിയാനി ഐ ശരിയാക്കുന്ന ജയിക്കൂള അള്ളാഹത്തോട്ട് കമാലീച്ചുണ്ട് അതായത് അഫ് ആരയിലുള്ള മുത്തത്തിലായ കാമ്മും മുംഫസിലായ കാമും രണ്ടും നഫീചെയ്യണന്ന് ആര് പറയുന്നു മാത്തുരീതി പോയത് അയലൻ എന്ന് പറഞ്ഞാലോ ലാത്തിലും സിഫാത്തിലും രണ്ടു കമ്പ് നഫീ ചെയ്തിട്ടുണ്ട് അപ്പൊ ആകെ പറഞ്ഞാൽ എന്താ അറിയോ അഷരയിൽ അഞ്ച് കമ്പ് വാത്തിലാക്കണം മാത്തുരീതിയിൽ ആറ് കമ്പ് വാസിലാക്കണം റാത്ത് സിഫാത്ത് അഫ് ആരയിലുള്ള മൊത്തത്തിൽ മുൻപത്തിൽ മുത്തത്തിന് മുമ്പത്തിൽ മൊത്തത്തിന് മുമ്പത്തിൽ അശ്വരയില് പറഞ്ഞത് കൊതിരത്ത് ഉണർദ്ദേശിക്കപ്പെട്ട ഈ നിശ്ചയിക്കപ്പെട്ട ഈ വസ്തുണ്ടല്ലോ അവരുടെ കലാകഥൽ വന്നേ അതിനോടൊക്കെ കൊതിരത്തിന്റെ പ്രത്യേകമായിട്ട് അല്ലുഗിനാതൊക്കെ പിന്നൊഴി കണ്ടുതാണ് ആലയത്വം എന്നത് നമ്മുടെ സ്വാതന്ത്ര്യ നിയമത്തിന്റെ കാണുന്ന പ്രകാരം വന്ന മുഖം വന്നത് ഇല്ല അള്ളാഹുവല്ലാത്ത വേറെ ഇരാഹകൾ മറ്റു പലതും ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ പ്രസാദ് ഉണ്ടായിത്തീരും എന്നതാണ് തെളിവ് അപ്പൊ ഇവിടെ തോരണം പ്രസാദ് ഇവിടെ തന്നില്ല പ്രസാദ് ഇല്ലാത്തത് കൊണ്ട് ആഗ്രഹത്തിന് സാധ്യത ഇല്ലാന്നും വന്നു അപ്പൊ ഇത് ശരിയാകണങ്കിൽ പ്രസാദിന്റെ വായന എന്താണെന്ന് ആരും തീരുമാനിക്കണം അല്ല ഇതല്ലേ പ്രസാദ് കാണുന്നതാ ലോകത്തെന്തെല്ലാം സംഭവങ്ങളൊക്കെ പ്രസാദ് അർത്ഥം വെച്ചാലേ താലി മറക്കുമായിരുന്നില്ലല്ല അവളുടെ പസറത്താന്റെ മാന തീരുമാനിച്ചിട്ട് പോകണം അത് ശരിയാവുകയും അതാണ് കാമുനിയത് ലവ് അങ്കനത്തു ലഹംകനത്തമാനവ്മാ അത് അതാ സർത്തിയാളിയാക്കി മൊക്കാലിയും കൊണ്ടു വന്നിട്ടില്ല ഇൻകാൻ തന്നെ ഉണ്ടെങ്കിലും സാധുതായെങ്കിൽ നിന്നല്ല ബിഷീല പറയുന്നത് കൊറച്ചുകൂടെ നോക്ക് പറയുന്ന ഇൻകാൻ തന്നെ ഉണ്ടെങ്കിൽ തമാനു എന്നും ഇൻകാൻ ഉണ്ട് രണ്ട് സ്ഥലത്ത് ഇൻകാനേ ഉണ്ടുള്ളൂ ഒന്നിലധികം ഇലാ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടാളിടയിൽ തമാനു എന്നും ഇൻകാനുണ്ട് എന്താ തമാനുണ്ടീത അഹമ്മദ്ഹുമ രണ്ടിൽപ്പെട്ട ഒരിലാ ഉരിക്കും മസലൻ അത് ഹറക്കത്ത് എന്നുള്ളത് മസലൻ അല്ല ജയ്ത് ഉണ്ടാവ എന്നായിക്കോട്ടെ ജയ്ന്റെ വജൂദ് മറഞ്ഞതും അസലൻ അല്ല എന്താന്ന് കുഴപ്പിക്കാം അരക്കത്തെന്നുള്ളത് ഒരിക്കലും ഹയാത്തുന്നോ മോത്തുന്നോ വേറെ പറ്റവും ചുരുക്കത്തിൽ ഒരു മൻസിനായ സാധനത്തിന്റെ വജൂദോ അതുമോന്തോ ആവട്ടെ അത് ആരും ഉദ്ദേശിക്കുന്നു ഓരോ ഉദ്ദേശിക്കുന്നു വൻ ആഹ് മറ്റേ ഇല ഉദ്ദേശിച്ചത് സുഖൂനവോ സുഖൂനവൂ എന്തിന്റെ സാധ്യനാവണം എന്നാണ് ഇതല്ലേ ഇവിടെ എന്താകണം രണ്ടാളും കൂടെ പ്രവർത്തിക്കുമോ അല്ലെ രണ്ടാളാളെ പിൻവലിക്കുമോ എന്ന ചോദ്യം രണ്ടാളും കൂടി പ്രവർത്തിക്കുവോ എന്നാ ഒരേ സാധനം ഒരേ അവസരത്തിൽ മുതഹിക്കുവായി സാധീനമായി മൂചോദുവായി മാധവു പോയി മെച്ചാളുമായി ജീവിച്ചിരിക്കുന്ന ആളു വരും രണ്ടാളൊപ്പം പറഞ്ഞു അല്ല ഓം പണിയെടുക്കട്ടെ ഞാൻ തൽക്കാലം പിൻവലിക്കും എന്നാലും ഇവൻ തോറ്റില്ല ഇവന്റെ ഇടാദം നടക്കാണ്ടായില്ല ഒറ്റ എനിക്ക് വേണ്ടിയിട്ട് അപ്പൊ രണ്ടാളും രണ്ടാളും പണ്ടെന്ന് വെച്ചാലോ രണ്ടാളും പേണ്ടെന്നുവെച്ചാ പിന്നെ ഇവര് എത്തിയാന്ന് വെച്ചാൽ പ്രവർത്തില്ല വന്നില്ല ഒരേ സമയത്ത് ഒരേ സമയത്ത് പിന്നെ ഒരേ സമയത്ത് പ്രവർത്തിക്കുക ഏത് ആണിലും ഈ പ്രവർത്തിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ എന്തുകൊണ്ട് ആനും പ്രവർത്തിച്ചില്ല രണ്ടാളും കൂടി അപ്പൊ ഒരേ ഒരേ സാധനത്തിനോട് രണ്ടാളെ തെസ്സീർ ഒരുപോലെ വധിക്കില്ലല്ലോ ഏതെങ്കിലും ഒന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു ഒരേ ആളിൽ രണ്ടിലാളും കൂടി തെഹ്സീരുന്നല്ലേ അതാവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒന്നും അധികം പറ്റില്ലേ അരയാക്കി ആരെന്തുകൊണ്ട് പിടിച്ചു വെച്ചു ഒനിക്ക് ഫുൾ തെഹ്സീർ ഉപയോഗിക്കാനുള്ള അധികാരം വഹിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോ അരേ ഉപയോഗിക്കുന്നുള്ളൂ മറ്റോനെ അരയെ ഉപയോഗിക്കുന്നുള്ളൂന്നോ എന്ന് വെടിന്റെ ഒഴിവതിന് ഇപ്പൊ ഒരു തെഹ്സീർ വേണോ അരത്ര തീരീ ഈ പറച്ചോനും അരത്ര തീര ഈ പറിച്ചോനും ഇവന്റെ ആരും എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഒത്തിട്ടുന്നല്ലേ അതിന് ഒക്കൽ എന്നുള്ളതിനേക്കാണ് ഇൻകാന് തമാലും പറയും തമാലെ സാരത ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ഒക്കൽ എന്നുള്ള പോയല്ലോ അതിന്ന് തുടങ്ങുന്നത് തമാലുണ്ടാവും എന്നല്ല പറഞ്ഞത് തമാലുണ്ടാവും എന്നറി